Realm barrel 萊基耶 Wonderful 護身 visions <laughs> blockchain іт tricks � Graphy 淀よい粉 commercially 全 dans 無論え Azure 銀行得 加итесь ഭാഷ <laughs> കൂട്ടദേഹായ <laughs> <laughs> ധ്യ സപ്തോ പ്രജോ അക്ഷണിപരുഷോ ദൃശ്യത്തിമൃതോ ഭേമേതബ്രഹ്തി അഥ ം ഭോ അപ്സ് പരിഖ്യേമാദർശേ കഥം എയതായി ഉ ും വിരോചനും അനുഷ്ഠിച്ചു താമസിച്ചു മുപ്പത്തിരണ്ട് വർഷം അങ്ങനെ തപസ്സിനു രണ്ടുപേരും തപസ്സികളായി ശുദ്ധ കൽമു കൽമെല്ലാം ദോഷങ്ങളെല്ലാം മാറി യോഗ്യ യോഗ്യന്മാരായി എന്നെല്ലാം മനസ്സിലാക്കി പ്രജാപതി രൂപ പ്രജാപതി പറഞ്ഞു ഇവിടെ യോഗ്യന്മാരായി കൽമശമെല്ലാം നശിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പൂർണമായിട്ടില്ല എന്ന് ഇനി പറയും അപ്പൊ തത്കാലം ഉപദേശം തുടങ്ങുന്നതിനുള്ള യോഗ്യതയെ കുറിച്ച് അവിടെ പറയും വരുമ്പോ അതിനുള്ള യോഗ്യതയുണ്ടായിരുന്നില്ല ഉപദേശം ആരംഭിക്കാൻ ഉള്ള പാകത അവൽ ഉണ്ട് എന്ന് കണ്ടിട്ട് പ്രജാപതി പറഞ്ഞു അക്ഷനി പുരുഷോന്ന് ദൃശ്യ പ്രജാപതി ഉദ്ദേശിച്ച എന്തിനാ ഉദ്ദേശിച്ച പറഞ്ഞത് ഏ യേശോ അക്ഷണി പുരുഷോ ദൃശ്യത്തെ ഈ കണ്ണിൽ കാണുന്ന പുരുഷൻ കണ്ണിൽ കാണുന്ന പുരുഷനെന്ന് പറയുമ്പോ അവരവർക്ക് അവരുടെ അവരുടെ കണ്ണ് കാണാൻ പറ്റത്തില്ല മറ്റാരുടെങ്കിലും കണ്ണിൽ നോക്കണോ കണ്ണിൽ നോക്കിയാൽ അവിടെ കാണുന്ന പുരുഷനെന്താണോ തൻ്റെ തന്നെ പ്രതിബിംബമാണോ കണ്ണിൽ കാണുന്ന പുരുഷനെന്ന് പറയുന്നത് കാണുന്നവനെയാണ് ഇപ്പോൾ കാണുന്നവൻ രണ്ടു തരത്തിലു ആകാം ഒന്ന് ആ കണ്ണിലേക്ക് നോക്കുന്നവൻ അല്ലെങ്കിൽ ആ കണ്ണിലിരുന്നു കൊണ്ട് കാണുന്നവൻ കണ്ണിൽ രക്ഷാവായിരിക്കുന്നവൻ അതാണ് പ്രജാപതി ഉദ്ദേശിച്ചത് ഏതൊരുവനാണ് ഈ ശരീരത്തിനു ഉള്ളിലിരുന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് യേശോ അക്ഷിണി പുരുഷവും ആ പുരുഷനെ നിവൃത്ത ചക്ഷുഭി കണ്ണുകൊണ്ട് നോക്കിയാൽ കാണത്തില്ല ആവർത്ത ചു മനസ് സംയമനം ചെയ്തവൻ മൃദുദായ ഹി ദോഷങ്ങളെല്ലാം നശിച്ചവൻ യോഗിഭി അങ്ങനെയുള്ള യോഗികൾ കാണുന്നവനാണ് ദഷ്ട ദൃശ്യത ആ യോഗികൾക്കേ അത് മനസിലാക്കാൻ പറ്റും ഈ കണ്ണിന്റെ ഉള്ളിലൊരു പുരുഷനുണ്ട് ആ പുരുഷനാണ് സർവത്തെയും കാണുന്നത് അതാണ് പ്രജാപതിന്റെ താല്പര്യം പറയുന്ന എൻ്റെ യേശാത്മാ അതാണ് ആത്മാവ് കണ്ണിനും കണ്ണായിരിക്കുന്നവൻ എന്ന് പറയുന്നു ശ്രോത്ര ശ്രോത്രം അത് ഇവിടെ പറയുന്നത് യേശാത്മാ അപഹത പാത്മാതി ഗുണോ എം പുരാഹം മുമ്പ് ഞാനതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിജ്ഞാന സർവ്വലോകാമവാപ്തി അതിൻ്റെ ജ്ഞാനം കൊണ്ട് അതിൻ്റെ ഉപാസനയിലൂടെ സർവകാമങ്ങളെയും പ്രാപിക്കാം അതമൃതം ഭൂമാക്കം ഈ അമൃതം അതിനെയാണ് ഭൂമ എന്ന് നേരത്തെ പറഞ്ഞത് അതേവ അഭയം അത് ബ്രഹ്മ വൃദ്ധതമം അത് ഏറ്റവും ബൃഹത്താണ് ഇതെന്നാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങനെയുള്ള പുരുഷനെ കുറിച്ചാണ് പറയുന്നത് അതായത് പ്രജാപതിനുക്ത അക്ഷി പുരുഷോദർശ്യത്വാരൂം പുരുഷ പക്ഷെ ഇവിടെ ശിഷ്യന്മാര് രണ്ടുപേരും പ്രജാപതി പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാക്കിയില്ല പ്രജാപതിനാഭുക്ത അക്ഷിണി പുരുഷോദി അക്ഷി പുരുഷനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത് വജശ്രുത്വ കേട്ടിട്ട് ൂപം പുരുഷൻ ജ ഗ്രഹ് ഒരാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ അവൻ കാണുന്ന ആ പ്രതിബിംബം അതിനാണ് ഗ്രഹിച്ചത് ഗ്രഹീത്വ ദൃഢീകരണായ പ്രജാപതിം പൃഷ്ടവന്ത എന്നിട്ട് രണ്ടുപേരും അത് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കിയത് ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ദൃഢീകരണായ പ്രജാപതിം പൃഷ്ടവന്തോ പ്രജാപതിയോദു അഥയോ ഹേ ഭഗവോ അപ്സുരിഖ്യസമത പ്രതിബിംബാകാരൃ കിരുക്തംബിഷന് അവര് ചോദിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു ഒരാളുടെ കണ്ണിൽ നോക്കുമ്പോൾ കാണുന്ന പ്രതിബിംബമാണ് അവിടെ മാത്രമല്ല പ്രതിബിംബം കാണുന്നത് അബ്സ ജലത്തിൽ കാണാൻ പ്രതിബിംബം പരിസമേ എസ്സായ മാദർശേ ഇനി കണ്ണാടിയിൽ നോക്കിയാൽ കാണാം ആത്മന പ്രതിബിംബാകാര പ്രതീക്ഷായത് ഖഡ്ഗാദ ഖഡ്ഗം ഏതെങ്കിലും വാള് പോലെയുള്ള വളരെ ശുദ്ധമായ തെളിഞ്ഞ പ്രതലത്തിലെല്ലാം കാണുന്നുണ്ടല്ലോ ഇതൊക്കെയാണോ ആത്മാവ് ഇതെല്ലാമാണോ ആത്മാവ് അതെ ഇതിൽ ഏതെങ്കിലും പ്രത്യേകിച്ച ഒന്നാണോ കണ്ണിൽ കാണുന്ന പ്രതിബിംബത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ കിം വയകർവേഷു അതോ ഇതെല്ലാത്തിനും കാണുന്ന ഒരു പ്രതിബിം പോണോ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ സർവ്വത്ര ഒരു പ്രതിയും ഇതൊക്കെ ഒന്നാണോ പലതാണോ ഏതിനാണോ ആത്മാവെന്ന് പറഞ്ഞത് ഏവം ദൃഷ്ട പ്രജാപതിർവാച യേശു ചിധൃക്തീതൃത്വേശു അന്വേഷും നേരത്തെ പറഞ്ഞല്ലോ ചക്ഷുഷി കണ്ണൽ കാണുന്നതെന്ന് പറഞ്ഞല്ലോ ചക്ഷുഷി ദ്രഷ്ട എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നു സർവത്ര ഇവിടെയെല്ലാം ഷു സർവത്തിലും കാണുന്നവനാണ് ഗുരു പറയുന്നു ഒരു വഴിക്ക് പോകുന്നു ശിഷ്യൻ ഗ്രഹിക്കുന്ന ഒരു വഴിക്ക് പോകുന്നു ശബ്ദം എന്താണോ ദ്രഷ്ട എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം എന്താ കാണുന്നവൻ എന്നാ കണ്ണിൽ കാണുന്നവനാണ് പുരുഷനെന്ന് പറഞ്ഞു അപ്പോ ഒരാള് മറ്റൊരാളുടെ കണ്ണിൽ നോക്കിയാൽ എന്താണ് അവിടെ കണ്ണിൽ കാണുന്നതാര് തന്നെ തന്നെ ആ മറ്റുള്ളവന്റെ കണ്ണിൽ കാണുന്ന ആരാണ് തന്നെ തന്നെ അവിടെ കാണുന്ന എന്താണ് തന്റെ ചായയാണ് അപ്പൊ അങ്ങനെ എടുക്കുക ആ അർത്ഥം എടുക്ക സാമാന്യമായ അസം മറ്റൊരർത്ഥം കൊടുക്കുക എന്താണ് ആ കണ്ണിന്റെ ഉള്ളിലിരുന്ന് സർവ്വത്തെയും കാണുന്നുണ്ട് അപ്പൊ അത് വേറെയായി ചോദിച്ചു ഈ പ്രതിബിംബം പല സ്ഥലത്തും കാണുന്നുണ്ടല്ലോ ഏതിനാണ് അങ്ങ് പുരുഷനെന്ന് പറയുന്നു അതിനും പറഞ്ഞ മറുപടി എന്താണ് സർവേഷം അന്ത്യേഷരിക്കുക സർവത്ര കാണുന്ന ആ ദൃഷ്ടാവ് അതന്നെ ഇതിനും രണ്ടർത്ഥത്തില് കൊടുക്ക ശിഷ്യന്റെ വേഷത്തിൽ എങ്ങനെയാ എടുക്കും ജലത്തിൽ നോക്കിയാലും കണ്ണാടിയിൽ നോക്കിയാലും കണ്ണിൽ നോക്കിയാലും എല്ലാം കാണുന്ന സർവേഷു സർവത്ര കാണുന്ന ആ പ്രതിബിംബം അങ്ങനെ എടുക്കാം അല്ല ഇനി ഗുരുവിന്റെ പക്ഷത്തിലാണെങ്കിലോ സർവേഷു അന്തേശു പരിക്ക സർവത്ര ഇരുന്നുകൊണ്ട് ദൃഷ്ടാവായിരിക്കുന്നവൻ സർവജീവജാലങ്ങളിൽ ദൃഷ്ടാവായിരിക്കുന്നവൻ പക്ഷേ ബുദ്ധി അതുവരെ എത്തുന്നില്ല ശിഷ്യന്മാരുടെ അതിനുള്ള യോഗ്യത വന്നില്ല മുപ്പത്തിരണ്ട് വർഷം സേവ ചെയ്തിട്ടും എന്താണ് പ്രജാപതി സർട്ടിഫിക്കറ്റും കൊടുത്തത് അശുദ്ധനാണ് യോഗ്യന്മാരാണ് കന്മഷങ്ങളെല്ലാം അതിൻ്റെ അടുത്ത് പക്ഷേതാരം ഈ ഗുരുക്കന്മാര് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒരിക്കലും വിശ്വസിക്കരുത് ഏത് മന്ദബുദ്ധിയും പറയും നീ വല്യ ബുദ്ധിമാനാണ് എന്ന് പറയും ഒരു യോഗ്യത ഇല്ലാത്തവനെ കുറിച്ചൊന്നും പറയും യോഗ്യനാണ് ഇങ്ങനെ പറയും ജ്ഞാനം ഇല്ലാത്തവനെ നീ ജ്ഞാനിയാണ് ഭക്തി ഇല്ലാത്തതിനെ കുറിച്ച് ഭക്തിയിൽ നീ നാരദിനേക്കാളും വലിയ ആളാണ് ഇങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് അതൊന്നും നേരിട്ടങ്ങ് സ്വീകരിക്കരുതെന്ന് അടുത്ത ഭാഷകാരം പറയും ചോദിക്കും എന്തിനാ കള്ളം പറയുന്നത് അന്ന് കഥം യുക്തം ശിഷ്യോർ വിപരീതഗൃഹം അനുജ്ഞാതും പ്രജാപദേഹേ വിഗതദോഷ്യാചാര്യസ്യ സ്വത പറയുന്നത് ഇവരിങ്ങനെ ധരിച്ചു അറിവില്ലാത്തവർ പക്ഷെ ആചാര്യൻ അറിവില്ലായ്മ അംഗീകരിക്കാമോ കഥയുക്ത ശിഷ്യോഹോ വിപരീതഗ്രഹണം അനുജ്ഞാദു ഇവിടെ ശിഷ്യന്മാരുടെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കി ഇവരാകെ തെറ്റിദ്ധരിച്ചിരിക്കുകയും താൻ പറഞ്ഞതല്ല ഇവർ ധരിച്ചത് ഇത് അറിഞ്ഞിരിക്കുകയും അനുജ്ഞാതും അവർ പറഞ്ഞതിന് അംഗീകരിക്കുന്നു അവർ പറഞ്ഞ അബദ്ധത്തെ അംഗീകരിച്ച് പ്രജാപദേഹി വികുതദോഷസ്യ ഇതൊരാചാര്യന് പറയാൻ കൊള്ളാണ് ഒരു ഗുരുവിന് ചേർന്ന കാര്യമാണോ വികത ദോഷ്യാചാര്യ സതഹ ഇവിടെ എന്താണ് ദോഷങ്ങളെല്ലാം ഇല്ലാത്തവനാണ് നശ്യവനാണ് ആചാര്യൻ ശിഷ്യന്മാർ ദോഷമുള്ളവർ ആ ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു ശരി ആശ്രമത്തിൽ സേവ ചെയ്യുക സേവ ചെയ്തു ദോഷമൊന്നും മാറിയിട്ടില്ല കുറച്ചൊക്കെ മാറി എന്നിട്ടും അവർ പറഞ്ഞു ഇവരെല്ലാ ദോഷവും മാറിയവരാണ് അതുമാത്രമല്ല താൻ ഉപദേശിച്ചത് അവരെ വിപരീതമായി ഗ്രഹിച്ചു തെറ്റായി ധരിച്ചു എന്നിട്ട് അതിനെ അംഗീകരിക്കുകയും ചെയ്തു അനുജ്ഞാതും നിങ്ങൾ ശരിയാണ് ധരിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയും ചെയ്തു ആ ഇതെല്ലാത്തിനും കാണുന്ന പ്രതിയും ബാധ്യുന്ന പുരുഷനെന്നും പറഞ്ഞു ഇത് ഒരു ദോഷമില്ലാത്ത ഒരാചാര്യനാണ് ഇത് പറയാൻ കൊള്ളാമോ എന്നോ ാലും ചോദിക്കുന്നത് സത്യം ഏതും നാലുജ്ഞാതം കഥം പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണ് ഗുരു അങ്ങനെ പറഞ്ഞു പക്ഷെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന രീതിയിൽ ശിഷ്യന്മാർ പറഞ്ഞ് ശരിയെന്നല്ല പറഞ്ഞിരിക്കുന്നു കഥം പിന്നെങ്ങനെയാണോ തഥാപി ആത്മന്യ അധ്യാരോപിത പാണ്ഡിത്യ മഹത്വ ബോദ്ധൃത്വ ഹി ഇന്ദ്രവിരോചനോ തഥൈവ എന്താണ് ഗുരു അങ്ങനെ പറയുന്നത് ശിഷ്യൻ തന്നെ കുറിച്ച് വലിയ മതിപ്പാരി താൻ കേമനാണ് യോഗ്യനാണ് അപ്പം ശിഷ്യന് വേണ്ടത് ഗുരുവിൻ്റെ ഒരു അംഗീകാരമാണ് അപ്പോൾ അംഗീകരിക്കാൻ വേണ്ടി യമൻ വിഡ്ഢിയാണെന്ന് മനസ്സിലാക്കിയാലും പറയും മഹാബുദ്ധിമാനാണ് അവർ അംഗീകാരം കൊടുക്കാൻ വേണ്ടി ോപിത പാണ്ഡിത്യ മഹത്വം ബോധപ്പെടുത്തു ഇവർക്കെല്ലാം അവരവര് സ്വയം കൽപ്പിച്ചിരിക്കുന്നു തനിൽ അധ്യാരോപിതമായ താൻ കൽപ്പിച്ച ഗുരു അംഗീകരിച്ച അല്ല ഗുരു അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാർ സ്വയം അംഗീകരിച്ചിരിക്കുക നമ്മൾ യോഗ്യന്മാരാണ് അല്ലേ പണ്ടല്ലെ യോഗ്യന്മാരായ ഗുരുക്കന്മാരെ അന്വേഷിച്ചുണ്ടാക്കുന്നു ഒരു തന്നെ ഒരു യോഗ്യനായ ഗുരുവിനെ അന്വേഷിച്ചിടങ്ങണമെങ്കിൽ അവൻ്റെ ധാരണ എന്തായിരിക്കും ഞാൻ യോഗ്യനാണെന്ന് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ യോഗ്യനായ ഗുരുവിനെ അന്വേഷിച്ചു യോഗ്യനായ ഗുരു വേണം ഉത്തമനായ ഗുരു വേണം മുക്തനായ ഗുരു വേണം അപ്പോൾ ശിഷ്യൻ അങ്ങനെ ഒരു ധാരണയുണ്ട് താൻ യോഗ്യനാണ് പക്ഷെ അത് കൽപ്പനയാണ് തന്നിൽ ആരോപിച്ച പാണ്ഡിത്യ മഹത്വ ഭൗതൃത്വം അതെല്ലാം താൻ പണ്ഡിതനാണ് മാത്രമല്ല താൻ മഹാനാണ് തനിൽ പലതരത്തിലും മഹത്വമുണ്ട് കാരണം തനിക്ക് ആത്മാവിനെ അറിയണമെന്നുള്ള ജിജ്ഞാസയുണ്ട് അതുകൊണ്ട് തന്നെ താൻ മഹാനാണ് പിന്നെ താൻ പലതും മനസ്സിലാക്കിയിരിക്കുന്നു ഭൗതൃത്വം ശേഷിയുണ്ട് അപ്പോൾ കർമ്മം യോഗം ജ്ഞാനം ഭക്തി ഇതിനൊക്കെ താൻ അധികാരിയാണ് ഇങ്ങനെയൊക്കെ തന്നെ താൻ ആത്മീയ ജീവിയാണ് ഇങ്ങനെയൊക്കെയുള്ള അഭിമാനം കൊണ്ട് ഇന്ദ്രവിരോചനവും തഥയി വെച്ച പ്രതിഥവും ലോക അതുമാത്രമല്ല അവരുടെ വേഷഭൂഷാദികളെ കാണുമ്പോൾ ലോകരും അങ്ങനെ ധരിക്കും ലോകർ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടിയും ചെയ്യും ഈ അസുഖം പിന്നെ വർദ്ധിച്ചു വർദ്ധിച്ചു വരും തഥയി വച്ച പ്രതിഥവും ലോകത്തിലെ ഒരു പ്രശസ്തിയായി യോഗ്യന്മാരാണ് കാരണം ദേവന്മാരുടെ എല്ലാ രാജാവാണ് കഴിവുള്ളതാണല്ലേ അസുരന്മാരുടെ എണ്ണ രാജാവ് പ്രസിദ്ധരാണ് അവർക്ക് ശക്തിയുണ്ട് ബുദ്ധിയുണ്ട് ഗ്രഹണ സാമർഥ്യമുണ്ട് മഹത്വമുണ്ട് പാണ്ഡിത്യം ഉണ്ട് ഇതൊക്കെ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ ഗുരു അംഗീകരിക്കാതിരുന്ന പിന്നെ ആ ഗുരു പറയുന്ന കേൾക്കാൻ തയ്യാറാവും ഇല്ല അപ്പോൾ ഗുരുവിടെ നിർബന്ധിതനാവുകയാണ് ലോകം അംഗീകരിച്ചു അവർ സ്വയം മനസ്സിലാക്കുന്നു ശ്രേഷ്ഠന്മാരാണെന്ന് അപ്പൊ ഗുരുവിനത് അംഗീകരിക്കാതെ ഇവിടുത്തെ തൻ്റെ ഉള്ളിൽ അറിയാൻ പറയുന്നത് പച്ചക്കള്ള ആണ് എന്നാലും ഗുരുവിനത് പറയേണ്ടി വരും അതെന്തിനാ ഗുരു എന്ന് പറയുന്ന ആരാണ് സത്യവജസ് ഗുരു സത്യം പറയേണ്ട ആളല്ലേ ഗുരുവെന്തിനാ കള്ളം പറയുന്നു ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് എല്ലാം ഗുരുവന്തിനാ എഴുതി കൊടുക്കുന്നു േഷ്യന്മാർക്ക് പറയുന്നു അല്ലാതെ ഇത് ശരിയാകത്തില്ല എന്താണ് തവയ പ്രജാപതിനുവാം വിപരീതഗ്രാഹിണോ വ്യുക്തൗ സാദാം തയോ ദുഃഖം സജ്ജനതാശ്ചാ ചിത്ത അവസാദ്രശ്ന ശ്രവണഗ്രഹണ അവധാരണം പ്രത്യുത്സാഹ വിഘാത സാ രക്ഷണയോ ശിഷ്യോ ഇരുമാന്യദേവ് പ്രജാപതി ശിഷ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഗുരുക്കന്മാർ ചിലപ്പോൾ കള്ളവും പറയും അതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല ശിഷ്യനെ രക്ഷിക്കുക പറയുന്ന അസത്യമാണെന്നറിയാം എന്നാലും എന്താണ് രക്ഷണയോ ശിഷ്യോ ഇവിടെ ഇപ്പം രണ്ട് ശിഷ്യന്മാരെ രക്ഷിക്കണം സത്യം പറഞ്ഞാൽ രക്ഷിക്കാൻ ഒക്കത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഗുരുദ്വേഷികളാവും ഗുരുവിനെ ഉപേക്ഷിച്ച് സ്ഥലം കുട്ടികളെ ഓൻ പോകാൻ പാടില്ല ഇവനെ എങ്ങനെ എങ്ങനെ രക്ഷിച്ചെടുക്കും അതാണ് ഗുരുവിന്റെ താല്പര്യവും ശിഷ്യന്റെ ക്ഷേമവും അല്ലാതെ ഗുരുവിന് വേറെ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് എങ്ങനെ എങ്ങനെ ഇവനെ കൂടെ നിർത്തുക അതിനുവേണ്ടിയിട്ട് തോയതി പ്രജാപതിനാ സത്യമാണ് പറയുകയാണെങ്കിൽ പ്രജാപതി എന്തുപറയും അക്ഷിപുരുഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു തന്റെ കണ്ണിന് നോക്കിയിട്ട് അവിടെ കാണുന്ന പ്രതിബിംബമാണ് പുരുഷൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ എന്ത് വെഡികളാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തവണയില്ല പത്ത് തവണ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മൂഢോ യുവാ നിങ്ങളുടെ മൂഢന്മാരാണ് വിപരീത ഗ്രാഹിണോ തലതിരിഞ്ഞവരാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാകത്തില്ല ഉടനെ ഒന്നും നന്നാവൊന്നും ലക്ഷണവും ഇല്ല ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്യുക്തവും സിയാദാം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ ഇതോടുകൂടി കഥ അവസാനിച്ചത് ശേഷി ശിഷ്യൻ്റെ വഴിക്ക് പോകും ഗുരു ഗുരുവിൻ്റെ വഴിക്കുമാകും തത് തയോസ്യത്തെ ദുഃഖം സ്യാ അവർക്ക് വലിയ ദുഃഖം വരും എന്നാലും ഒരു ഗുരു ഇങ്ങനെയാണോ പെരുമാറുന്നത് ഒരു ഗുരുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ കൊള്ളാമോ ഒരു പക്ഷേ ഞാൻ മോശമായി കൊള്ളട്ടെ മുഖത്ത് നോക്കി മൂഢാന്ന് വിളിക്കുന്നത് ശരിയാണോ പരസ്യമായിട്ട് പറയുന്നത് ശരിയുണ്ട് ഈ രഹസ്യമായിട്ട് വിളിച്ച് പറയണം നീ മന്ദബുദ്ധിയാണ് മറ്റുള്ളവരുടെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സഹിക്കാൻ പറ്റും കാരണം ശിഷ്യനുമുണ്ട് കുറെ ഭക്തന്മാർ അതാ അവരുടെ മുമ്പിൽ വെച്ച് പറയുകയോ അല്ലെങ്കിൽ അവരറിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഈ ലോകത്തിൽ അംഗീകാരം കിട്ടേണ്ടത് ഗുരുവിൽ നിന്നാണ് അപ്പോൾ ഗുരു ഇങ്ങനെ നിന്ദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് സത്യം പറഞ്ഞത് നിന്തേയാവും നിന്ദിച്ചു കഴിഞ്ഞാൽ ദുഃഖം പറയും ദുഃഖം സ്യാ വലിയ ദുഃഖം വരും അതുകൊണ്ട് എന്തു ചെയ്യും ഗുരു ശിഷ്യന്മാരെയൊക്കെ അങ്ങ് പോക്കും ഇവരെല്ലാം എല്ലാം തികഞ്ഞവരാണ് പൂർണ്ണന്മാരാണ് ും തന്നൂരി ലോകത്ത് ആരുമില്ല ഇത് കേട്ട് വിളി ശിഷ്യന്മാരും പൊങ്ങും ആകാശം മുട്ട പൊങ്ങും പ്ലെയിനില്ലാതെ ആകാശത്തെ അത് പറഞ്ഞില്ലെങ്കിൽ ദുഃഖം വരും ഗുരുവിനെ നിന്ദിക്കും ഗുരുവിനോട് പറയുന്നാൽ തൽക്കാലം നമുക്ക് പിരിയാം ഇനി എവിടെയെങ്കിലും വെച്ച് കാണോ പറയുന്നു തജ്ജനിതാശ ചിത്തവസാദ പറയുന്നു അതുകൊണ്ട് വരുന്നത് എന്താണ് ഗുരുവാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ത അവസാദെന്ന് വെച്ചാൽ ശിഷ്യൻ തളർന്നു പോവും മനസ്സ് തളർന്നു ഇവിടെ വന്നിട്ട് ഒരു അംഗീകാരവും കിട്ടിയില്ല എന്ന് മാത്രമെന്താ ഗുരുവിൻ്റെ നിന്ന് നിന്ദയും കിട്ടി അതാണ് ചിത്താവസാദം ആകെ തളർന്നു പോവുക വന്നാൽ പിന്നെ പുനഃപ്രശ്ന ശ്രവണ ഗ്രഹണ അവധാരണം പ്രത്യുത്സാഹ വിഘാതസ്യ പിന്നെ ഗുരുവിനോടൊന്ന് ചോദിക്കാൻ തോന്നില്ല ഗുരു പറയുന്ന കേൾക്കാൻ തോന്നത്തില്ല പ്രശ്ന ശ്രവണ ഗ്രഹണം ഇനി ഗുരു പിന്നീട് പറയുന്ന മനസ്സിലാകത്തില്ല അവധാരണം പിന്നെ പറയുക എനിക്ക് മനസ്സ് ശരിയാവുന്നില്ല ധ്യാനിക്കാനും ജവിക്കാനും ശരിയാവുന്നില്ല ഉത്സാഹ വിഘാതം അതുവരെയുള്ള ഉത്സാഹിച്ചു ഗുരുവിങ്ങനെ ഇവനെ പൊക്കി പൊക്കി എപ്പോഴും നിർത്തിക്കൊണ്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഉത്സാഹം ഗുരുവിന് ഇവനെ കൊണ്ട് സ്വാർത്ഥമായി ഒന്നും നേടാനില്ലെങ്കിലും ഇവന് പല കർത്തവ്യങ്ങളും ഉണ്ടല്ലോ ചെയ്യാൻ അതൊന്നും ചെയ്യാതെ വരും ഉത്സാഹവിഘാതസ്യ ചുരുക്കത്തിൽ എന്താ അതോ രക്ഷണിയോ ശിഷ്യോ അതുകൊണ്ട് ശിഷ്യന്മാരെ രക്ഷിക്കണം അത് ഗുരുവിന് ഒരു ബാധ്യത പോലെയാണ് ഇതി മഞ്ഞരേ പ്രജാപതി അതുകൊണ്ട് ഇവിടെയും പ്രജാപതി എന്ന് പറയുന്ന ഗുരു അത് തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് നേരത്തെ ചോദിച്ചെന്താണ് ആചാര്യസ്യ വികതദോഷസ്യ ഈ ദോഷമൊന്നുമില്ലാത്ത ആചാര്യൻ ശുദ്ധ ഹൃദയനായിരിക്കുന്നതെന്ന് എന്തിനാണ് ഈ കള്ളം പറയുന്നത് അതിനാണ് സമാനം പറഞ്ഞത് വളരെ യുക്തിയുക്തമായി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ആ ഗുരു ശിഷ്യ ബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് ശ്രുതി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ് എന്താണ് ആ ഗുരു ശിഷ്യനോടുള്ള ഗുരുവിൻ്റെ മനോഭാവം ഗുരു ശിഷ്യനെങ്ങനെ ധരിക്കുന്നു ഗുരുവിൻ്റെ ഉള്ളിൽ ശിഷ്യനെക്കുറിച്ചുള്ള ധാരണ എന്താണ് അത് പലപ്പോഴും വെളിപ്പെടുത്താറില്ല വെളിപ്പെടുത്തുന്നത് സത്യമായിരിക്കത്തില്ല കാരണം ഇന്നെങ്കിൽ അവിടെ തീർന്നു ഗുരു ശിഷ്യ ബന്ധം അവസാനിച്ചു ശരി എന്നാൽ ഇത് അവസാനിച്ചു പോകട്ടെ എന്ന് കരുതി ഗുരുക്കന്മാർക്ക് തള്ളിക്കളയാൻ നോക്കത്തില്ല കാരണം അവരെ രക്ഷിക്കണം അതാണ് ഗുരുവിൻ്റെ ജോലി അതുകൊണ്ട് പലപ്പോഴും ഗുരുക്കന്മാർ പറയുന്നത് അങ്ങനെ മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല അതിന്റെ താല്പര്യം മനസ്സിലാക്കി നിൽക്കും അതിന്റെ താല്പര്യമാണ് മുഖ്യം ശ്രുതി പറയുന്നതുപോലെ ശ്രുതി പറയുന്ന കാര്യങ്ങൾ നമ്മൾ വാച്ചാർത്ഥത്തിലെടുത്താൽ ശരിയാകത്തില്ലെന്നെ പറയുന്നു എപ്പോഴും അതിൻ്റെ താല്പര്യത്തെ എടുക്കണം അപ്പോൾ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യത ഉള്ളതിനെ അതും പറ്റും അല്ലാത്തവർ ഗ്രഹിക്കുന്ന താല്പര്യവും ഇവിടെ പറഞ്ഞതുപോലെ വിപരീത ബുദ്ധിയായി പോവും എന്തായാലും അത് ഗുരുക്കന്മാരുടെ പാചകങ്ങൾ അത് ഇനിയുള്ള സന്ദർഭങ്ങൾ വ്യക്തമാക്കും ആ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം മാറ്റി അതിനെക്കുറിച്ച് ചിന്തിച്ചാലും അത് ശരിയാകത്തില്ല പറയുന്നതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കണം അതുകൊണ്ട് ശിഷ്യന്മാരെ പകർത്തുന്നത് കൊണ്ട് ശിഷ്യന്മാർക്കും അങ്ങനെ അഭിമാനം വരാൻ പാടില്ല തൽക്കാലം ഒരു ഉത്സാഹം കൊടുക്കാനാണ് ആ വിഷാദത്തിൽ നിന്ന് യുവനം മാറ്റാൻ വേണ്ടിയിട്ടാണ് വിഷാദത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് ആ വിഷാദം കൂടിയാലും അപ്പോൾ ആ വിഷാദം മാറ്റുന്നതിനുള്ളവരും മരുന്നെന്നുള്ള നിലയ്ക്കാണ് ഇവനെ പുകഴ്ത്തുന്നത് യോഗ്യനാണ് പരമഹംസനാണെന്നൊക്കെ പറയുന്നത് പക്ഷേ അതിലൊന്നും കാര്യമില്ല രക്ഷിക്കാൻ വേണ്ടി പറയുകയാണ് അവനെങ്ങനെ മനസ്സിലാക്കണം ഗൃഹീതാം തവത് ഉദശരാ ദാന്തേന അപരേഷ്യാമീച്ച അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കണം ഏത് തരത്തിലാണോ ഉപദേശിക്കുന്നത് തൽക്കാലം അല്ലെങ്കിൽ പിന്നീട് ഗ്രഹിക്കും എന്തായാലും ശിഷ്യനെ രക്ഷിക്കണമെങ്കിൽ ശിഷ്യനെ കൂടെ നിർത്തണമെന്ന് തൽക്കാലം അവൻ രക്ഷപ്പെട്ടില്ലെങ്കിലും പിന്നീട് രക്ഷപ്പെട്ടോളൂ അപ്പോൾ ശിഷ്യനെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് തൽക്കാലം എങ്ങനെയോട് കള്ളം പറയും അപ്പോ അവന് ഗുരുവിനോടൊരു താല്പര്യം വരും ഉള്ള കാര്യം സത്യം നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് സത്യം പറയണം പക്ഷെ അത് പ്രിയം പറയണമെന്ന് പറയുന്നു ഗുണീതാം താവത്ത് അതുകൊണ്ട് കാര്യമെന്തോ ആയിക്കൊള്ളട്ടെ തൽക്കാലം എന്താണ് ഇവന് തൽക്കാലം ഇവിടെ പിടിച്ചു നിർത്തുക ആശ്രമം വിട്ടു പോകരുത് നിന്നിട്ട് ബുധശരാപദിഷ്ടാന്തേന അപനശ്യാമി ഇപ്പം എന്തെല്ലാം മോഹങ്ങൾ അവന് വന്നോ അതെല്ലാം ക്രമേണ പരിഹരിക്കാം കൂടുതൽ വ്യക്തമാക്കാം എന്നാണ് ഇത് അതിന്റെ തുടക്കം ആണ് അപ്പൊ ഗുരു ഏതെങ്കിലും ശിഷ്യന് യോഗ്യനാണ് കേമനാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ട് മറ്റുള്ളവരെങ്ങനെ ധരിക്കുന്നെങ്കിൽ ധരിച്ചോട്ട് പക്ഷെ ശിഷ്യൻ സ്വയം ധരിക്കാൻ പാടില്ല കേമനാണ് അതിൽ ചിലപ്പോൾ അപകടം ഉണ്ടാവും ചിലപ്പോ അത് ചിലപ്പോൾ ദുരഭിമാനത്തെ ഉണ്ടാക്കിയിട്ട് ശിഷ്യൻ അങ്ങ് ഊങ്ങിപ്പോകും അതല്ല അതിന്റെ താല്പര്യം നന്നു നയുക്തം യേശു ഏവൈ തെനടി പക്ഷെ എന്നാലും അതങ്ങോട്ട് ഏ ഗുരുക്കന്മാരിങ്ങനെയൊക്കെയുള്ള അടവുകളൊക്കെ പോയറ്റുന്നുണ്ടോ ഗുരു എന്ന് വെച്ചാൽ നേരെ പോവാൻ നേരെ പോകും അങ്ങനെ പ്രവർത്തിക്കേണ്ട ആളാണ് ആർജവുള്ള ആളായിരിക്കും ഏത് തരത്തിലായാലും ശരി ഗുരു കള്ളം പറഞ്ഞാലത് സ്വീകരിക്കാൻ പ്രയാസമുണ്ട് നനു ന യുക്തം യേശു എന്തൊക്കെ പറഞ്ഞാലും ശരി ശിഷ്യനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞാലും ശരി യേശു ഏവ എന്ന് പറഞ്ഞുണ്ടോ ഇത്യേശു ഏവ യേശു സർവേഷ കള്ളം പറയുന്നത് ശരിയാണോ സത്യം പറഞ്ഞ് രക്ഷിക്കുന്നത് കാരണം ഇതിന് ശേഷം സത്യം കേട്ടല്ലേ വളരേണ്ടത് സത്യത്തിൽ ചരിക്കേണ്ടത് അവനെ ആദ്യമേനോ കള്ളം പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാ അങ്ങനെ ശെരിയാകും പറയുന്നു നച്ചാന മുക്തം പറയുന്നു വാസ്തവത്തിൽ ഗുരു പറയുന്നത് അസത്യമല്ല സത്യം തന്നെയാണ് പറയുന്നത് തൽക്കാലം അതിലൊരു അന്നടത്ത പ്രതീതി ഉണ്ടെന്നേ ഉള്ളു അനടത്തമാണ് എന്ന് തോന്നുന്നു അല്ലേ ഒരുവനോട് പറയുന്നത് നീ മഹാനാണ് എന്ന് പറഞ്ഞാൽ മഹാനല്ലേ സത്യം അല്ലേ പറയുന്നു അവൻ ധരിക്കുന്ന രീതിയിലല്ലെന്നേ ഉള്ളു മഹത്വ സർവത്രയില്ല നീ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാൽ അത് സത്യമാണ് തത്വമസി എന്നാണ് എൻ്റെ താല്പര്യം പരമാർത്ഥം തന്നെയാണ് പറയുന്നത് ഗുരു പറയുന്നത് ഗുരുവിന സത്യം പറയേണ്ട ആവശ്യമില്ല പക്ഷെ ശിഷ്യനാദിനെ പരമാർത്ഥ രീതി ഗ്രഹിക്കാൻ പറ്റത്തില്ല ശിഷ്യനെങ്ങനെ ഗ്രഹിക്കുമ്പോൾ എൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയണം എൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയണം എൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭക്തിയെക്കുറിച്ച് ഇതൊക്കെ പറയണം എന്നെ ശിഷ്യനെ ധരിക്കാൻ പറ്റും ഗുരു അന്നതവാക്കല്ല എന്നർത്ഥം ഗുരു പറയുന്നതിൻ്റെ പരമമായ താല്പര്യം ആ പരമാർത്ഥത്തെ തന്നെയായിരിക്കും എപ്പോൾ പക്ഷെ എന്നാലും വ്യവഹാരദൃഷ്ടിയില് ശിഷ്യ ഗുരു എന്നുള്ള ഈ വ്യവഹാരദൃഷ്ടി നോക്കുമ്പോൾ അത് പരമാർത്ഥമുള്ളതാണ് ശിഷ്യൻ പരമാർത്ഥത്തിൽ മഹത്വം ആണ് മഹത്വമുള്ളവനാണ് പ്രപഞ്ചമെല്ലാം മഹത്വമുള്ളതാണ് ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ മുമ്പ് വന്നു നിന്നിരിക്കുന്നത് മൂഢനായിട്ട് തന്നെയാണ് അതുകൊണ്ട് പരമാർത്ഥത്തിൽ അന്നതമല്ല കഥം ആത്മനോക്തോ പക്ഷിപുരുഷോ മനസ്സി സന്നിഹിത തര ശിഷ്യഗ്രഹീതാത്മനഹ സർവേശാന് ചഭ്യന്തര സർവാന്തര ഗുരു എന്താ പറഞ്ഞത് ദുഷ്ടാവായിരിക്കുന്നവൻ എന്ന് പറഞ്ഞു ആത്മാവിനെ കുറിച്ച് എന്താണ് ഈ ശരീരമല്ല മനസ്സല്ല മനസ്സിനും സന്നിഹിത തരമായിരിക്കുന്ന അതിനും ദുഷ്ടാവായിരിക്കുന്ന അല്ലെങ്കിൽ സാക്ഷിയായിരിക്കുന്ന ആ പുരുഷൻ താനാ പുരുഷനാണ് ആ പുരുഷനാണെന്നാ പറയുന്നത് അക്ഷിക്കും സാക്ഷിയായിരിക്കുന്നവനെന്നാ പറയുന്നത് അപ്പൊ ഗുരു എങ്ങനെ കള്ളം പറഞ്ഞു എന്ന് പറയാൻ പറ്റും പിന്നെ പറഞ്ഞെന്താണ് സർവത്ര പുരുഷൻ തന്നെ ഇതിലെന്താ അസത്യം പക്ഷേ ശിഷ്യൻ ഗ്രഹിച്ചിരിക്കുന്ന അർത്ഥം വെച്ചാണ് ഇത് ശിഷ്യന്റെ മിഥ്യാബോധത്തിൽ നിന്നാണ് പറയുന്നത് കാരണം ഗുരു ശിഷ്യനോട് പറഞ്ഞു നീ ഉത്തമനായ ഭക്തനാണെന്ന് പറഞ്ഞു അപ്പോ ശിഷ്യൻ ഗ്രഹിച്ചെടുത്താണ് ആ തകരാറുന്നത് എന്തുകൊണ്ട് ശിഷ്യൻ ഈ കാമ ക്രോധാദി ദോഷങ്ങളോടുകൂടിയിരിക്കുന്നു അഹന്ത മമത അല്ലെങ്കിൽ ദോഷങ്ങളിരിക്കുന്നു ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്നുവന് ഇതൊന്നും വിടാതെ തന്നെ ഗുരു പറഞ്ഞതിന് എൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലെടുത്ത് താൻ ഉത്തമനായ ഭക്തനാണ് എന്നിടത്ത് അവിടെ ശിഷ്യൻ ധരിച്ചെടുത്തല്ലേ അങ്ങനെ വന്നു പരമാർത്ഥത്തിലാണെങ്കിലോ പരമാർത്ഥദശിയിൽ സർവജീവന്മാരും എന്താ ചെയ്യുന്നത് ഈശ്വരനെ ഭജിക്കുകയാണ് ആത്യന്തികമായി സർവജീവൻ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് ആർത്ഥത്തിൽ സർവനും ഭക്തന്മാരാണ് പക്ഷെ ആ തത്വത്തെ ഗ്രഹിക്കാൻ പറ്റും ആ തത്വത്തെ ഗ്രഹിച്ചാലൂടെ ഭക്തനല്ലാത്തവൻ ആരുമില്ല ഇത് തന്നെ യോഗത്തെ സംബന്ധിച്ചോ ജ്ഞാനത്തെ സംബന്ധിച്ചോ അവ പരമാർത്ഥ ശിഷ്യനുഗ്രഹിക്കാൻ പറ്റത്തിന്റെ ദേഹാഭിമാനത്തോടുകൂടി ഈ വ്യക്തി എന്നുള്ളതെനിക്ക് തന്നെ മഹത്വപ്പെടുത്തുന്നു ധരിക്കും ഇവിടെ അതുപോലെ തന്നിവിടെ പറഞ്ഞു സർവേഷാംശ ആഭ്യന്തര സർവാന്തര ശിശ്രുദേഹേ അതാ പറഞ്ഞത് സർവേഷു അന്ത്യേഷു നീ കാണുന്നിടത്തെല്ലാം ജലത്തിലും കണ്ണാടിയിലും എല്ലാം കാണുന്നതെന്ന് പറയുമ്പോൾ എന്താണ് ഗുരുവിന്റെ മനസ്സിലെന്താണ് സർവേഷം ആഭ്യന്തര സർവത്തിനും ആഭ്യന്തരമായിരിക്കുന്നു പ്രതിബിംബം എന്നുള്ള തലക്കല്ല സർവാന്തര സർവാന്തര എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഗുരുവിന്റെ തലം വേറെ ശിഷ്യന്റെ തലം വേറെ അപ്പോൾ ഗുരുവിന്റെ തലത്തിൽ നിന്നോ അസത്യൊന്നും പറഞ്ഞിട്ടില്ല സത്യം തന്നെയാണ് പറഞ്ഞത് പക്ഷേ വ്യവഹാരത്തിൽ അത് അസത്യം പോലെ തോന്നും സത്യം അറിയാത്തവൻ അത് ഗുരു അസത്യം പറയുന്നില്ല എന്തിനങ്ങനെ പ്രയോഗിക്കുന്നു അത് ജലമല്ല മറിച്ച് ശിഷ്യനെ രക്ഷിക്കണം അതിനുവേണ്ടി ഗുരു സ്വീകരിച്ചിരിക്കുന്നു ഒരു ഉപായം മാത്രമാണ് അസത്യത്തിൽ നിന്ന് ഗുരു വ്യതിചലിക്കുന്നില്ല സത്യത്തിൽ നിന്ന് വിട്ടിട്ടല്ല സത്യത്തിൽ ചെയ്യുന്ന അസത്യം പറയാൻ കഴിയത്തില്ല ശിഷ്യൻ അസത്യം ഗ്രഹിക്കാം അസത്യം പറയാം കാരണം അയാൾ സത്യത്തിലുണ്ട് സത്യത്തിൽ നിൽക്കുന്നവൻ പറയുന്നതെല്ലാം ആത്യന്തികമായി സത്യം തന്നെയാണ് അസത്യം ശിഷ്യന്റെ പ്രതീതിയിലാണ് അതല്ല പരമാർത്ഥം തമേ തം അപോചോ അനർഥമുക്തം പ്രജാപതിനാ പ്രജാപതി പറഞ്ഞതിന് അനദമില്ല അസത്യം ഇല്ല ഈ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് സത്യത്തിൽ സ്ഥിതി ചെയ്യുന്നുവൻ പറയുന്നതെല്ലാം സത്യം തന്നെയാണ് പക്ഷെ ഇതിന് മറ്റൊരു അർത്ഥം നമുക്ക് തോന്നാം അസത്യമായ അർത്ഥം അതല്ല അതിൻ്റെ പരമാർത്ഥം യേശു ഏവൈത്യതമുക്തം പ്രജാപതിന ആദ്യം ഭാഷകാരനെ അനധം പറഞ്ഞു എന്ന് സംബന്ധിച്ചുകൊണ്ടാണ് ചർച്ച തുടങ്ങിയത് എന്തുകൊണ്ടങ്ങനെ ആന പ്രതീതിയുള്ളതുകൊണ്ട് അവസാനം പറയുന്നു അത് അനുരുദമല്ല തഥാജ് തയ്യൂർ വിപരീതഗ്രഹണം നിവൃത്തിയെടുത്ത അതല്ല അങ്ങനെ എന്തിനു പറയുന്നു അനർദം പോലെ തോന്നുന്നത് കാരണം ഇവരുടെ വിപരീതഗ്രഹണം ഇല്ലാതാക്കണം അവരെ രക്ഷിക്കണം അതിനുവേണ്ടിട്ടാണ് ഉദശ്രാവത്മാനമവേക്ഷത്മനോ ന വിജീഥ പ്രവൃതമതി പ്രാപതിരുവാചം പശ്യതൗഹ ഊചതുവേദം ആവാം ഭഗവ ഉദശരാ ഉദക്കൂർശ്വര ആത്മാനം അപേക്ഷേക്ഷനന്ദനം യത്രമാനം പശ്യോ വിജാനീത പ്രഭൂതമാജക്ഷിയത പ്രജാപതി പറഞ്ഞ നമ്മുടെ കാര്യം ചെയ്യുക അവർ തന്നെ ചോദിച്ചല്ലോ ജനത്തിൽ കാണുന്നത് കണ്ണാടിയിൽ കാണുന്നത് അപ്പൊ നോക്കുക ബുദ്ധസരാവാദികളിൽ നീ നോക്കുക ആത്മാവെന്നല്ലേ ചോദിച്ചു പറഞ്ഞാൽ അതിന് നോക്കുക നോക്കിയിട്ട് യഥാത്മനോന അഭിജാനീത അവിടെ നിന്നും നിനക്ക് ആത്മാവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ തന്മയ പ്രഭൂതം അതെന്നോട് വിവരം പറയും കണ്ണിൽ കാണുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി പ്രതിബിംബമാണെന്ന് അവൻ പറഞ്ഞ ശരി എന്നാൽ നീ ആ പ്രതിബിംബങ്ങളെല്ലാം പരിശോധിക്കും അവിടെ നിനക്ക് ആത്മാവിനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു എന്നാണ് എത്ര ആത്മാവനം പശ്യന്തു എന്ന വിജാനീത നിങ്ങൾക്കവിടെ നിങ്ങളുടെ ആത്മാവനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ തന്മയോ പ്രൂതം ആചക്ഷി യാഥാത്തോഹ തഥേദരാൻ ചക്രാതേ അവേക്ഷണം ചക്രതുഹു ഉടൻ തന്നെ രണ്ടുപേരും പോയി ജനം നിറഞ്ഞ പാത്രത്തിലും ശുദ്ധമായ പ്രതിലങ്ങളിലെല്ലാം നോക്കി തഥാകൃതബന്ധു തഥാ പ്രജാപതിരുഭ കിം പശ്യതി നോക്കിയിട്ട് ഒരു പിടിയും കിട്ടിയില്ല ശിഷ്യൻ മൂകനായിപ്പോയി അവർക്ക് പിടിയിട്ടുന്നില്ല എന്തായി ഗുരു പറയുന്നത് അങ്ങനെയാണ് ഗുരുവിന്റെ ഉപദേശം ഗുരുവിന്റെ വിവക്ഷ ശിക്ഷം മനസ്സിലാകുന്നെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ ഉണ്ടാതിരിക്കുക പറയുന്ന എന്താണെന്ന് വീണ്ടും ചോദിച്ചിട്ടും മനസ്സിലാകുന്നെങ്കിൽ പിന്നെ മറുപടി എന്ത് പറയും മറുപടി പറയാതിരുന്നാൽ ഒരു മനസ്സിലാകും ഇവനും മനസ്സിലാകുന്നില്ല ചിലപ്പോൾ പറയാതിരിക്കുന്ന അഭിമാനം കൊണ്ടു ആവും എങ്ങനെ താൻ പറഞ്ഞാൽ താൻ പറയുന്നത് ശരിയാണോ തെറ്റാണോന്ന് ഇനി ഉറപ്പില്ല അല്ലെങ്കിൽ അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ തനിക്ക് അറിവ് ഗുരു തനിക്ക് അറിവില്ലാത്തവനാണെന്ന് തന്നെ കുറിച്ച് ധരിച്ചാലോ അപ്പം ഗുരുവിന് തന്നെ കുറിച്ചൊരു മതിപ്പുണ്ടത് പോയാലോ ഉണ്ടാതിരിക്കും എല്ലാം അറിഞ്ഞവനെ പോലെയിരിക്കും ശിഷ്യൻ അറിവുള്ള ഗുരുവിൻ്റെ മുമ്പില് ശിഷ്യൻ അറിഞ്ഞവനെ പോലെ ഇരിക്കും ഗുരു മൗനമായിരിക്കുമ്പോ ശിഷ്യനും മൗനമായിരിക്കും ഗുരു മൗനമായിരിക്കുന്നത് എന്താണോ അറിവിന്റെ നിറവിലാണ് മൗനമായിരിക്കുന്നത് ശിഷ്യനും അതുപോലെ അഭിനയിക്കുന്നു ഗുരുവില്ലാത്തപ്പോ ശിഷ്യന്മാർ ഗുരുവിന്റെ റോളെടുക്കും ഗുരുവിന്റെ ഭാവത്തിലൊക്കെ ഇരുന്നാളെ അമ്പോ ഗുരുവിന്റെ ഭാവമാണ് മൗനം ശിഷ്യനും അത് സ്വീകരിക്കും മൗനം എന്തെന്നൊന്നും അറിയില്ലെങ്കിലും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അത് പിന്നെ അതിലും വലിയ പാടില്ല വീണ്ടും ഗുരുവിൻ്റെ മനസ്സിൽ വരുന്ന എന്താണ് പിന്നെ രക്ഷിക്കണമല്ലോ അതാണ് ഇവനെ വിടാതെ പിടിക്കുന്നു പിന്നെ വിടാതെ ഇവന് പിറകെ അതുകൊണ്ട് ഇവൻ്റെ മൗനം ഭഞ്ജിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇവന്റെ മനസ്സിനെ ഇളക്കുകയാണ് പ്രജാപതിരുവാചകയും പശ്യത എന്താ കുറച്ചു കാലമായിട്ട് ആത്മാവിനെ തിരഞ്ഞിടക്കുന്നുണ്ടല്ലോ വല്ലതും പിടികിട്ടിയോ ഇവനെല്ലാം പിടികിട്ടിയെന്നുള്ള ഭാവത്തിയിരിക്കുകയാണ് പക്ഷെ ഇവനറിയ ഉള്ളിലറിയാം ഒന്നും പിടികിട്ടിട്ടില്ല തന്റെ കാര്യം ഗതി കേടാണ് കഷ്ടമാണെന്നൊക്കെ സ്വയം അറിയാം പക്ഷെ അത് വെളിപ്പെടുത്താൻ നോക്കൂല്ല മറ്റുള്ളവരുടെ മുമ്പിൽ എന്തായാലും വെളിപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷെ ഗുരുവിന്റെ മുമ്പിലൊന്നും ഒളിക്കാനും പറ്റത്തില്ല ഗുരുവിനുന്റെ പരിതാപകരമായ അവസ്ഥ മനസ്സിലായി അതുകൊണ്ട് കിം എന്താ എന്തു പിടികട്ടെ പ്രഭൂതമിക്താഭ്യാം ഉദശരാഅ അപേക്ഷണം നിവേദിതം ഇതം അവാഭ്യം ഹേതൂഹ പ്രജാപതി ത്രക്കോ അഭിപ്രായ ശരി ഏതത് അഭിയം അമൃതം ഏതെല്ലാം ഗുരു പറഞ്ഞു ഗുരുവിനെ സമീപിക്കുമ്പോൾ ഗുരു ആദ്യം പറയുന്ന സത്യം തന്നെ ഇതാണ് പരമാർത്ഥം തന്മേ പ്രഭൂതം യുക്തി അപ്പൊ അവർ ചോദിക്കുന്നു ഞങ്ങൾക്കത് വ്യക്തമായി ബോധിപ്പിച്ചേരണം ഗുരു വ്യക്തമായി ഉപദേശിച്ചു എന്നിട്ട് പറഞ്ഞു ശരി ഉദശരാവേ അപേക്ഷണം കൊടുത്തുക ശരി അവിടെയൊക്കെ പോയി പരിശോധിച്ചു നോക്കുക ഏതാണ് ആത്മാവ് അതും ചെയ്തു പ്രജാപതി എന്ന വേദതയും ഇത് ആവാഭ്യം എന്ന വിധേതമില്ല പക്ഷെ ഞങ്ങൾക്ക് ഇത് പിടികിട്ടിയില്ല എന്നുള്ള കാര്യം മാത്രം പറഞ്ഞില്ല അങ്ങനെയാണ് ശിഷ്യന്മാർ പലപ്പോഴും ഞാനികളെ പോലെ ഭാവിച്ച് നടക്കും ഒന്നുമില്ലെങ്കിൽ ഗുരുവിനെ അനുകരിച്ച് നടക്കും ഗുരുവിന്റെ കയ്യിലിരിക്കുന്നൊന്നും നിന്റെ കയ്യിലില്ലെങ്കിലും എല്ലാം ഉണ്ടെന്നുള്ള ഭാവത്തിൽ നടക്കും അതൊക്കെ ഇവിടെ പറയുന്നത് ശിഷ്യന്റെ മനഃശാസ്ത്രമാണ് ഇവിടെ ശ്രുതി ചർച്ച ചെയ്യുന്നത് ആ നിവേദ്യത്തെ പ്രജാപതി അപ്പോ ഗുരുവിന് മനസ്സിലായി എവന്റെ ഈ മൗനം അറിവില്ലായ്മയുടെ ലക്ഷണമാണ് ഗുരുവിന്റെ മൗനം എന്ന് പറയുന്നത് അറിവിന്റെ ലക്ഷണമാണ് പക്ഷെ ശിഷ്യന്റെ മൗനം അത് അറിവില്ലായ്മയുടെ ലക്ഷണമാണ് അപ്പൊ ഇവനെ ഇങ്ങനെ വിട്ടപ്പറ്റത്തില്ല അവൻ അറിവുണ്ടാക്കണം എന്ന് ഗുരുവിന്റെ നിർബന്ധമാണ് എത്രക്കോ അഭിപ്രായം അത് വിശദീകരിക്കുന്നു ദൈവരിതം ആവോതമിത്തി ആശങ്ക ആത്മപ്രതിയോ നിശ്ചിതഏവാസിയോ യേന ഭക്ഷ്യതി ഇത് മാത്രമാണ് ഗുരു ശിഷ്യനോട് പരമാർത്ഥം പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ നേരിട്ട് സത്യം തന്നെ പറഞ്ഞു പക്ഷെ ശിഷ്യൻ ധരിക്കുന്നത് അത് തന്നെ ആയിക്കൊള്ളണമെന്നല്ല ശരി ശിഷ്യൻ എന്തെങ്കിലും ധരിക്കട്ടെ എന്താ ദോഷം ദോഷം വരുന്നത് ശിഷ്യൻ എന്താണോ ധരിച്ചത് അതാണ് അവസാനം എന്ന് ധരിച്ചുകളെ അതാണ് ഏറ്റവും വലിയ ദോഷം ഇനി ഇതിനപ്പുറം ഒന്നും ധരിക്കാനില്ല ഞാൻ ശരിയായതെന്തോ അത് ധരിച്ചിരിക്കുന്നു എന്ന് പറയും തത്കാലത്തേക്കെങ്കിലും ഞാനികളാവും ഇവിടെ പറഞ്ഞ രണ്ടുപേരും സമാധാനം വന്നു കിട്ടേണ്ടതെല്ലാം കിട്ടി ഗുരുവിൻ്റെ സമീപത്തി ഒന്ന് നേടേണ്ടതെല്ലാം നേടി ഇങ്ങനൊരു അനവസരത്തിലുള്ള കൃതാർത്ഥത വന്നു പിടികൂടികളെങ്കിലും അറിയാതെ അറിഞ്ഞെന്ന് തോന്നുക അനുഭവിക്കാതെ അനുഭവിച്ചെന്ന് തോന്നുക ഒരിടത്ത് എത്താതെ തോന്നുക ഒന്നും നേടാതെ എല്ലാം നേടിയെന്ന് തോന്നുക ഒരു ഒരു വിപരീത ഗ്രഹണം അത് സംഭവിക്കാം അത് സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ പക്ഷേ തോ ശാന്തൃദയവും ശ്രുതി എന്ന് പറയുന്നു പ്രജാപതി പറഞ്ഞപ്പോ പറഞ്ഞെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ശിഷ്യന്മാര് ശാന്തഹൃദയന്മാരായി കൃതകൃത്യന്മാരായി ആശ്രമത്തിൽ നിന്ന് സ്ഥലം വിട്ടു അങ്ങനെയും പറ്റും ജീവിതകാലം മുഴുവൻ ആ ഭ്രമത്തിൽ തുടരുന്നവരും കാണും എല്ലാം ഞാൻ നടേണ്ടതെല്ലാം നേടി ഗുരുവിന്റെ സമീപത്ത് പോയി ഇനി എനിക്ക് ആശ്രമത്തിൽ നിന്ന് തലമുടുന്ന എന്തിനാ രണ്ടു കാര്യങ്ങളാണ് ആശ്രമത്തിൽ നിന്നാ വീണ്ടും സേവ ചെയ്യേണ്ടി വരും ആശ്രമത്തിൽ നിന്ന് പുറത്തു പോയാൽ ഗുരുവാകാം രണ്ടില് രണ്ട് നേട്ടമുണ്ട് ആശ്രമത്തിൽ നിന്നാ നടക്കത്തില്ല കാരണം അവിടെ വേറെ ഗുരുവുണ്ടല്ലോ പിന്നെ ആശ്രമത്തിൽ നിന്ന് ഗുരുവാകാൻ പറ്റത്തില്ല നിന്നാ സേവയും ചെയ്യും അതുകൊണ്ട് രണ്ടുപേരും സ്ഥലം വിട്ടു വമ്പരജിത പൂർണ്ണ സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി രണ്ടുപേരും പോയി ശിഷ്യന്മാരെ ഉപദേശിക്കുന്നുണ്ട് വിരോചനൻ ഉടൻ തന്നെ പോയി അസുരന്മാരെയൊക്കെ ഉപദേശിച്ചു ഞാൻ പോയി കാര്യം സാധിച്ചു വന്നിരിക്കുകയാണ് ഇതാണ് അതുപോലെ ആശ്രമത്തിൽ നിന്ന് പോയി വേറെ ആശ്രമം കിട്ടും ഗുരുവായിരിക്കും ഇതൊക്കെ സംഭവിക്കും ശാന്ത ഹൃദയവും സ്വയം ഒരാൾ കൃതകൃത്യനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്കെങ്കിലും മണിക്കൂറുകളെ നിൽക്കും പിത്യാവസ്ഥക്ക് ശരിയാകും എന്നാലും കുറച്ച് സമയമാണെങ്കിലും അത് മനുഷ്യനെ ദ്രോഹിക്കാം നശ്ചിത അഭിപ്രായതാർത്ഥം പ്രശാന്ത ഹൃദയ തോന്നി അതങ്ങനെ ഒരു ശാന്തി ഉണ്ടാകും ഗുരുവിന്റെ അടുത്തേന്നു ഗുരു എന്തോ പറഞ്ഞു അത് തലതിരിച്ചൊക്കെ ഗ്രഹിച്ചു ശാന്തി എങ്ങനെയുണ്ടാവും ശാന്തി അങ്ങനെയുണ്ടാകാം എന്നോ അതിൽ എന്താണോ ധരിച്ചത് അതിലൊരു ഉറപ്പ് വന്നാൽ ശാന്തിയാണ് അനിശ്ചിത അഭിപ്രായതാർത്ഥി പ്രശാന്ത ഹൃദയത്തൂകേ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെയുണ്ട് മൂഢതയാണ് ഗ്രഹിക്കുന്നതെങ്കിലും അതിലൊരു ഉറപ്പ് വന്നു അവിടെ സമാധാനം വരും ശരി വന്ന കാര്യം സാധിച്ചിട്ടുണ്ടോ താൻ ധരിച്ചത് മൂഢതയാണ് അതില്ലാതെ ആ ശാന്ത ഹൃദയത്വം വരത്തില്ല എന്താണോ പറഞ്ഞത് അത് വിപരീതമായി ഗ്രഹിച്ചിട്ടാണെങ്കിലും അവർക്ക് തൽക്കാലത്തേക്ക് ഒരു ശാന്തതോന്നു രണ്ടുപേരും മുപ്പത്തിരണ്ട് വർഷത്തെ സേവനവും മതിയാക്കി തിരിച്ചു പോയി അവരവരുടെ സാമ്രാജ്യത്തിലേക്ക് പോയി എന്നാണ് തേനേച്ച ഉച്ചം ആവാഭ്യം അവിദ്യതമിതി വിപരീത ഗ്രാഹണോഷു അനുപേക്ഷണിയോ ഇലി സ്വയമേ ശരി അവർ ധരിക്കുന്നു ഇതം ആവാഭ്യം ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം പറയത്തില്ല അത് ശശു പ്രത്യേകതയാണ് അങ്ങനെയുണ്ടല്ലോ നോ ഊച്ചു ഇതം അവാഭ്യഅവിദിതം പറഞ്ഞെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടി അതൊന്ന് വിശദമാക്കണം എന്നും ഒരിക്കലും ചോദിക്കത്തില്ല അതാണല്ലോ അഭിമാനം എന്ന് പറയുന്നത് ശിഷ്യന് പല എപ്പോഴും ഭയമാണെന്താണ് തൻ്റെ അറിവില്ലാമെ വിളിപ്പെട്ടു പോയാലോ എല്ലാ ശിഷ്യന്മാർക്കുള്ള ഭയമാണ് എവിടെയെങ്കിലും അതങ്ങ് പ്രകടമായി പോയാലോ അതുകൊണ്ട് വായടച്ച് കണ്ണും പൂട്ടി സിദ്ധനായിട്ടിരിക്കും പറഞ്ഞാബദ്ധമാണെന്നും സ്വയം അറിയാം അതുകൊണ്ട് പറയാതിരിക്കാതാണ് ബുദ്ധിമുണ്ടാതിരിക്കും ആണ് തേന എന്ന ഊച്ചത് പറഞ്ഞില്ല എന്താണോ ഇതം ആവാഭ്യാവിദിതം ഞങ്ങൾക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ല അങ്ങനെ പറയത്തില്ല അജ്ഞത വെളിപ്പെടാൻ ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല അത്രയും ജിജ്ഞാസയും ഇതിലൂടെ സത്യസന്ധതയുള്ള ഒരാൾ മാത്രമേ ശരി അജ്ഞത വെളിപ്പെടുന്നത് നല്ലതാണ് അത് വെളിപ്പെട്ടാലേ പിന്നെ അവിടെ അത് മാറത്തുള്ളൂ അജ്ഞാനം വെളിപ്പെട്ടാലേ അത് നശിക്കത്തുള്ളൂ വെളിപ്പെടാതെ നശിക്കത്തില്ല ഉള്ളിലിരുന്നു കഴിഞ്ഞാൽ നശിക്കത്തില്ല പഠിച്ചത്തിന്റെ മുമ്പിൽ വന്നാലേ ഇരട്ടിന് നശിക്കാൻ പറ്റും ഗുരുവിന്റെ മുമ്പിൽ ശിഷ്യൻ എങ്കിലും ശിഷ്യൻ തന്റെ അജ്ഞാനത്തെ വെളിപ്പെടുത്തേണ്ടത് ഒരുപക്ഷെ ഒറ്റയ്ക്കാണ് പോയിരുന്നെങ്കിൽ പ്രശ്നം വരത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടെ പോയതുകൊണ്ടാണ് ഇന്ദ്രൻ പറയുകയാണ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോചന ഉടൻ പിടിക്കും അല്ല മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി മറ്റേയാൾ പറയണെങ്കിൽ ഇയാൾ പറയും അവന് വിവരമില്ല ഒരു പറഞ്ഞ് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ശിഷ്യന്മാർ ഒന്നിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ മിക്കവാറും ശിഷ്യന്മാരെല്ലാം മൗനത്തിലായിരിക്കും കാരണം പരസ്പരം എന്തായെന്ന് അറിയില്ല റിവില്ല എന്നുള്ള കാര്യം ഗുരു പറഞ്ഞാലും ദോഷമൊന്നുമില്ല ഗുരുവെന്തായാലും ക്ഷമിക്കുമല്ലോ കൂടെയുള്ള ശിഷ്യന്മാരറിഞ്ഞു കഴിഞ്ഞാൽ അതും നാണക്കേടല്ലേ തനിക്കറിവില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് വണ്ടിയില്ല എന്നാണ് വണ്ടിയതുമില്ല പറഞ്ഞതുമില്ല അപ്പോൾ ഒരാൾ ധരിച്ചു ആ മറ്റവൻ അറിവുള്ളവനാണെന്ന് എന്നെ കുറിച്ച് ധരിക്കും എനിക്കറിവില്ല എങ്കിലും മറ്റേയാള് തിരിച്ചും തിരിച്ചു അതുകൊണ്ട് തേനെന്ന ഊച്ചതുഹോ പറഞ്ഞില്ല എന്താണോ ഇതം അവാഭ്യം അതി ഞങ്ങൾക്കതൊന്നും മനസ്സിലായല്ല രണ്ടുപേരും പറഞ്ഞില്ല രണ്ടുപേരും ഉപദേശത്തിൽ കൃതാർത്ഥരായി വിപരീതഗ്രാഹിണവും ചിഷ്യുവും അനുപേക്ഷണിയോ പറയുന്നു തല തിരിഞ്ഞവന്മാരായാലും ശരി ഗുരുക്കന്മാര് ശിഷ്യന്മാരെ ഉപേക്ഷിക്കത്തില്ല അതൊക്കെ ഭാവങ്ങൾ നടത്തിയാലും ശരി മൗനമായാലും ശരി വാചാലനായാലും ശരി പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി മിണ്ടിയാലും ശരി മിണ്ടിയില്ലെങ്കിലും ശരി ശിഷ്യു അനുപേക്ഷണിയു ശിഷ്യന്മാരെ ഉപേക്ഷിക്കാൻ ഗുരുവിനും മനസ്സ് വരത്തില്ല അതാണ് ഗുരുവിന്റെ പിന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരിപ്പോൾ ഗുരുക്കന്മാരാവും ഈ സ്ഥലം വിടും അതുകൊണ്ട് സ്വയമേവ പപ്പാ ഗുരു എന്നെ വിചാരിച്ചു ഞാൻ തന്നെ ചോദിക്കാം ഇവിടെ മനസ്സിനൊന്ന് ഇളക്കാം പശ്ചി എന്താ നിങ്ങൾക്ക് ഏതുവരെ ആയി എന്തൊക്കെ മനസ്സിലായി എവിടെ എത്തി പറയുന്ന എന്തെങ്കിലും പിടികിട്ടിയോ എന്ന് വിപരീത നിശ്ചയ അപനയനായ അവരുടെ ആ ഭ്രാന്തിയെ മാറ്റുന്നതിന് വേണ്ടി അമൂഢതയെ മാറ്റുന്നതിന് വേണ്ടി അവിവേകത്തെ മാറ്റുന്നതിന് വേണ്ടി പക്ഷതീ സാധനം കൃതവും അതിനു വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ ഉപദേശം തുടരുകയാണ് എന്താണ് പറഞ്ഞത് തന്മേ പ്രഭ്രൂതമേ ദൗഹ ഉദശരാവിൻ ചക്രാതിജാ നോക്കി പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് അവർക്കൊന്നും പിടികിട്ടിയില്ല മിണ്ടാതിരുന്നു അപ്പൊ പ്രജാപതി ചോദിച്ചു നിങ്ങൾക്ക് എന്താ മനസ്സിലായത്മാനം അവർക്ക് മനസ്സിലായില്ലേ പക്ഷെ ചോദിച്ചപ്പോ അവരുടെ അജ്ഞത വെളിപ്പെട്ടു എന്താ പറഞ്ഞത് ആ ഞങ്ങൾ ആത്മാവിനെ കാണുന്നുണ്ട് എങ്ങനെ ആ ധൂമ്യ ആ നഖവ്യ നഖം മുതൽ തലമുടി വരെ ഞങ്ങൾ കാണുന്നുണ്ട് പ്രതിബിംബത്തിൽ അതാണല്ലോ കാണുന്നത് ആത്മാവിനെ അറിയാൻ വേണ്ടി വെള്ളത്തിൽ പോയി നോക്കിയാൽ കാണുന്ന എന്താണ് നഖം വരെ കാണും ഇതാണ് ഇവർ ആത്മജ്ഞാനം എന്നും പറഞ്ഞ് കൊണ്ടു കടന്നത് ഗുരു ചോദിക്കായിരുന്നെങ്കിലോ ഇതും കൊണ്ടുപോയെ ഈ ജ്ഞാനവും കൊണ്ട് ഗുരു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളിതാണ് കാണുന്നത് ഇതാണ് ആത്മാവ് അതായത് വെള്ളത്തിൽ കാണുന്ന പ്രതിബിംബം അതാണെന്നാണല്ലോ ഗുരു പറഞ്ഞത് തൗ ഭവിച്ചത് രണ്ടുമേ അറിഞ്ഞു സർവം ഏവ ഇതം ആവാം ഭഗോ ആത്മാനം പശ്യാമ ഞങ്ങളിതാ ആത്മാവിനെ അറിയുന്നു പുരുഷന് ഞങ്ങളറിയുന്നുണ്ടങ്ങ് പറഞ്ഞ ആ ലോമഭ്യ ആ നഗേഭ്യ പ്രതിരൂപം ഈ പ്രതിബിംബത്തെ നഖം മുതൽ തലമുടി വരെയുള്ള ഈ രൂപത്തെ യഥേവാവാം ഹേ ഭഗവോ നോമനഖാദിമന്തു നോമനഖാദി സഹിതം ആവയുഹോ പ്രതിരൂപം ഉദശരാവി പശ്യാവ ഈ ഒരു സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറയുന്ന എന്താണ് ഈ ശരീരത്തിൽ നഖങ്ങളുണ്ട് രോമമുണ്ട് തലയിൽ ഇങ്ങനൊരു രൂപമുണ്ട് അതാ ഈ രൂപത്തെ തന്നെ അതാ ഇവിടെ വെള്ളത്തിൽ പ്രതിരൂപം പ്രതിബിംബം അതാണ് ഞങ്ങൾ കണ്ട ആത്മാവ് എന്നും മറുപടി പറഞ്ഞു അങ്ങനെ ചോദിച്ചുകൊണ്ടില്ലെങ്കിൽ ഞാൻ ഇയാളായി ധ്യാനത്തിരുന്നെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴോ പ്രജാപതി മനസ്സിൽ അറിയാമല്ലോ ഇങ്ങനെ അറിയാൻ ശേഷ്യന്റെ അവസ്ഥ എന്താണ് तौह प्रजापति रुवाच सद्धनंगुरुदु सुवससो परिष्क्रतो भूत्वा उदशरावे अवेक्षे धामिदि तौह सद्धनंगुरुदु सुवसनो परिष्क्रतो भूत्वा उदशरावे अवेक्षान्तचक्रादे तौह प्रजापति रुवाच किं पश्यथैति ുമ്പ് ശേതഗേതു എന്നി കേസിന് ഉപദേശിച്ചപ്പോൾ ഓരോ കാര്യങ്ങൾ പരീക്ഷണത്തിലൂടെ ചെയ്തു നോക്കാൻ പറഞ്ഞു അതുപോലെ വിത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അത് പൊളിക്കാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു പട്ടിണികളെന്ന് നോക്കാൻ പറഞ്ഞു സ്വയം തന്നെ തന്നെ എല്ലാം പ്രയോഗിച്ച് നോക്കുക സ്വയം പരീക്ഷിച്ച് തന്നെ അതുപോലെ ഇവിടെയും അവരോട് പറഞ്ഞു തൗഹപന പ്രജാപതിരുവാചാ പ്രജാപതി പറഞ്ഞു എന്താണ് ഛായാത്മ നിശ്ചയ അപന്നയനായ ഇവനിപ്പോൾ എത്തി നിൽക്കുന്നത് ശരിയായ നിലയിലല്ല ഇവന്റെയും മൗനവും സമാധിയും ധ്യാനവും ഒന്നും ശരിയായ വഴിക്കല്ല ഇവനൊന്നും നന്നാക്കണം ഛായാത്മ നിശ്ചയ അപന്നയനായ വാസ്തവത്തെ അല്ല ഗ്രഹിച്ചിരിക്കുന്നത് പ്രതിബിംബത്തെയാണ് പിന്നൊരു ഭ്രമത്തിലാണോ ആ ബോധം മാറ്റണം അതുകൊണ്ട് പറഞ്ഞു സദ്വലം കൃതവിശ്ശേരി നല്ലവണ്ണം വേഷവിധാനങ്ങളെല്ലാം അണിഞ്ഞ് യഥാസ്വഗ്രഹയെ സുവസനവും എന്നുള്ള വസ്ത്രമൊക്കെ ധരിച്ചു കാരണം രണ്ടുപേരും ചക്രവർത്തിമാരല്ല അവർക്ക് പ്രത്യേക ആർഭാടങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ നിങ്ങൾ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് മഹാർഹ വസ്ത്രപരിധാനവും വലിയ വിലപിടിപ്പുള്ള രാജകീയ വേഷങ്ങളെല്ലാം കിരീടവും കസവും ഉണ്ടും എല്ലാം അണിഞ്ഞ് മഹാർഹവസ്ത്രപരിധാനവും പരിഷ്കൃതവും നാം ചെയ്ത് ഛിന്നലോമ നഖ ച ഭൂത്വ മുപ്പത്തിരണ്ട് വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിന് ഇപ്പോൾ മുടിയൊന്നും മുറിച്ചിട്ടില്ല അതെല്ലാം വളർന്ന് ചട പിടിച്ച് കിടക്കുകയാണ് നേരെ ഒരു പർവ്വഷാപ്പിൽ പോയി ഇതൊക്കെ ശരിയാക്കി ഉദശരാവിനർ ഈക്ഷേധാം വളരെ വൃത്തിയായി വന്നു വളരെ സുന്ദരന്മാരായിട്ട് വന്നിട്ട് ആ വള്ളത്തിൽ ഒന്നുകൂടെ നോക്കുക ഇഹജ ഇതജ്ഞാതം തന്മേ പ്രഭ്രൂതം ഇവിടെ പറഞ്ഞൊന്നുമില്ല എന്താണോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്നോട് പറയാ എന്നൊന്നും പറഞ്ഞില്ല നേരെ പറഞ്ഞു നല്ല രീതിയിൽ സുന്ദരന്മാരായി വന്നൊന്നുകൂടെ നോക്കുക കഥ പുനരനേന സദ്വലങ്കാരാധികൃത്ത ഉദശരാവിഅ അപേക്ഷനേന തയോത്മഗൃ അപനീതഹസ്യാ പറയുന്നു ഇങ്ങനെ ഇവരെ കൊണ്ട് വീണ്ടും ഒരു മേക്കപ്പേജയിപ്പിച്ച് വെള്ളത്തിൽ നോക്കിയിട്ട് എന്താ ഇപ്പം നേടാൻ ഇവർക്ക് എന്ത് ബോധം ഉണ്ടാകാൻ പോകുന്നത് സദ്വലങ്കാര സുവസനാധീനാം ആകന്ദുകാനാം ഛായാകരത്വം ഉദശരാവിധ ശരീരസംബന്ധാനാം ശരീരസ്യഭിഛായാകരത്വം പൂർവ്വം ബഹുവേലി കെമ്മിലി പറയുന്നതിന്റെ താല്പര്യമുണ്ട് ഇങ്ങനെ വന്ന് വേഷം ഒക്കെ ധരിച്ച് വന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് അവർക്കൊന്നു മനസ്സിലാകും നേരത്തെ എന്താ കണ്ടത് ഒരു രൂപം എന്ത് രൂപമായിരുന്നു അത് ഈ ശരീരത്തിന്റെ രൂപമാണ് താടിയും ചടയും ഒക്കെ ഉള്ള ഈ ശരീരത്തെയാണ് കണ്ടത് അപ്പോ ഇനി ഇതെല്ലാം മാറ്റി പുതിയ രീതി വന്നാലും കണ്ടുന്നതാണ് ഈ ശരീരത്തിലുള്ള രൂപത്തെയാണ് കാണുന്നത് അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന മുമ്പോ കണ്ടത് ഒന്ന് ഇപ്പൊ കാണുന്നത് മറ്റൊന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ രൂപമല്ല ആത്മാവ് ഇതാകാൻ വഴിയില്ല ഇത് നീ നേരത്തെ അങ്ങനെ തപസ്സനുഷ്ഠിച്ചപ്പോൾ അങ്ങനെ ഒരു രൂപ ഇപ്പം അതെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു രൂപം വന്നു ഇതാണോ ആത്മാവ് ആത്മാവ് ഇതല്ല ഇതെല്ലാം ദേഹസംബന്ധിയാണ് നീ കാണുന്നത് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോ മനസ്സിലാവും ഈ കാണുന്നതിന്റെ പ്രതിബിംബമാണെങ്കിൽ മുമ്പ് കണ്ടതും പ്രതിബിംബമാണ് ഇത് വാസ്തവമല്ല ശരീര ഏകദേശാനാഞ്ചലോമ നഖാധീനം നിത്യുത്വീന അഭിപ്രേതാനം അഖണ്ഡിതാനാം ഛായാകരത്വം പൂർവമാസീ മുൻപ് ഇതാണ് ആത്മാവെന്ന് ധരിച്ചപ്പോൾ എന്താണ് തന്റെ തടിയും മുടിയും എല്ലാം ചേർത്തിട്ടാണ് ഇതൊക്കെ താനാണെന്ന് ഉറച്ച് അതാണല്ലോ മനസ്സിന് ശാന്തതാവുന്നത് തക്കാലശാന്തിക്ക് സത്യം തന്നെ ഗ്രഹിക്കണമെന്നൊന്നുമുണ്ട് മൂഢത കൊണ്ട് ആ ശാന്തി വരാ ചിന്നേഷിജലോമനഗാദി ഛായോമനഗാദി വ ശരീര ആഗമ അപായത്വ സിദ്ധമിത്യുദ്ശരാദോ നിമിത്തേസ്യ അനാത്മത്വവും സിദ്ധം ആത്യന്തികമായിട്ട് ഈ ശരീരം ആത്മാവല്ല എന്ന് വരെ ബോധിപ്പിക്കുന്നു നേരത്തെ ജഡയോടുകൂടി കണ്ട ആ ശരീരം അതല്ല ആത്മാവ് എന്തുകൊണ്ട് ഇപ്പോൾ ലോമനഖാദികളെല്ലാം മുറിച്ച് വേഷം മാറി പരിഷ്കൃതനായി കണ്ടപ്പോൾ മനസ്സിലായി ഇതെല്ലാം വന്നു പോകുന്ന കാര്യങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നതല്ല ഇപ്പോൾ ഉള്ളത് നേരത്തെ ഉണ്ടായിരുന്നു പോയി പുതിയത് വന്നു അതുകൊണ്ട് ഉദ്ദേശരാവാദോ ദൃശ്യ ഈ കാണുന്ന എന്താണോ അവിടെ കാണുന്നത് അല്ലെങ്കിൽ ആ കാഴ്ചക്ക് നിമിത്തമായി എന്താണോ തന്നിലിരിക്കുന്നത് ഇതൊന്നും ആത്മാവല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതല്ല കണ്ണിക്കാണുന്ന പ്രതിബിംബത്തെ അല്ല ഞാൻ പറഞ്ഞത് ആ കണ്ണിക്കാണുന്ന പ്രതിബിംബം നേരിട്ട് പറയുന്നതിന് പകരം ആ പ്രതിബിംബത്തെ വളരെ വ്യക്തമായി പ്രതിബിംബത്തെ നോക്കാൻ പറഞ്ഞു ആദ്യം പിന്നീട് തന്നിൽ തന്നെ തൻ്റെ രൂപത്തെ മാറ്റാൻ പറഞ്ഞു അപ്പോൾ പ്രതിബിംബം മാറിയത് കണ്ടു ഇവരാദ്യമേ ദൃഢമായി ധരിച്ചു പോയി എന്താണ് ഒരാളെ കാണുന്ന ആ പ്രതിബിംബമാണ് ആത്മാവെന്ന് ധരിച്ചു പോയി അപ്പോൾ ആ പ്രതിബിംബം ബിംബത്തിനനുസരിച്ച് മാറുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ബിംബത്തെ മാറ്റി വേറെ രൂപം കിട്ടാൻ പറഞ്ഞു അപ്പൊ ബിംബത്തിനനുസരിച്ച് മാറുന്ന പ്രതിബിംബം അത് ആത്മാവല്ല അതിനു നിമിത്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ബിംബവും ആത്മാവല്ല ശരീരത്തിലുള്ള ആത്മബോധത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഉപദേശിക്കണം ദശരാവാദു ഛായാഗരുത്വ ദേഹസംബന്ധ അലങ്കാരാധിപത്യം ഇദ്ദേഹത്തിൽ അലങ്കാരാദികളാണ് നമ്മുടെ പ്രതിബിംബമായി കണ്ടത് ആ പ്രതിബിംബം ആത്മാവല്ല അതുകൊണ്ട് തന്നെ അലങ്കാരങ്ങളും ആത്മാവല്ല അലങ്കാരത്തോടുകൂടി അദ്ദേഹം ആത്മാവല്ല ഇതെല്ലാം മാറ്റാമെന്നുള്ളതേ ഉള്ളൂ നവലം ഏതാ മത ഏതേന യത്കിഞ്ചിത് ആത്മത്വ അഭിമതം സുഖ ദുഃഖ രാഗദ്വേഷം മൊഹാദിജ കഥാചിക്തത്വ നഖലോ അനാത്മീതി പ്രത്യേകം എന്നാ കേവലം ഏതാകോതി ഇതുകൊണ്ട് ഇത്രയും മാത്രം ധരിച്ച ശിഷ്യൻ ഊഹാപോഹ വിചക്ഷണനായി ചിന്തിച്ച് മനസ്സിലാക്കും ഗുരുവിൻ്റെ താൽപ്പര്യം ഈ ശരീരം ആത്മാവല്ല ഈ ശരീരത്തിലുള്ള നഖരോ ആത്മാവല്ല ഇത്രയും ബോധിപ്പിക്കാൻ യാവത്കിഞ്ചിത് ആത്മത്വം അഭിമന്തം പിന്നെ സുഖ ദുഃഖ രാഗദ്വേഷം മോഹാദി ഉള്ളിൽ അനുഭവപ്പെടുന്ന സുഖം ദുഃഖം രാഗദ്വേഷാദി വന്നു പോകുന്നവ കഥാചിത്വം എപ്പോഴും ഉള്ളതല്ല അതും ഈ നഖലോമാദികളെ പോലെ തന്നെ ആത്മാവല്ല സർവവും ആത്മാവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ശരീരമാത്മാവല്ല എന്ന് എന്തിനാണ് പറയുന്നത് സർവവും ആത്മാവാകുമ്പോ ശരീരം ആത്മാവല്ലേ പക്ഷെ സർവത്മാവാണെന്നുള്ള ബോധത്തിൽ ശരീരത്തെ ആത്മാവെന്ന് ഗ്രഹിക്കുന്നില്ലാതെ കേവലം ശരീരം ആത്മാവാണെന്ന് ധരിക്കുന്നു അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഏവം അശേഷ മിഥ്യാഗ്രഹ അപനയനിമിത്തേ സദ്വലങ്കാരാതി ദൃഷ്ടാന്തെ പ്രജാപതിന ഉക്തേ ശ്രുവാചോരപി ഛായാത്മവിപരീതഗ്രഹു അപജാമ സദോഷ നിയമന്ധ വിവേക എന്താണ് ശിക്ഷന്റെ തകരാർ എന്ന് പറയുന്നത് അശേഷ മിഥ്യാഗ്രഹാപന നിമിത്തേ എന്റെ ഈ മിഥ്യാബോധം മാറുന്നതിന് നിമിത്തമായിട്ടുള്ള സാധു അലങ്കാരാദി ദിഷ്ടാന്തി അതിനു വേണ്ടിയിട്ടാണ് അലങ്കാര ദൃഷ്ടാന്തം പ്രജാപതി പറഞ്ഞത് ഇത് കേൾക്കുകയും ചെയ്ത ശിഷ്യന്മാർ കൃതപത്തോരഭി ഛായാത്മവിപരീതഗൃഹവും അപചകാമ പക്ഷെ എന്നിട്ടും വിപരീത ബുദ്ധി അവരിൽ നിന്നും നശിച്ചില്ല പ്രജാപതി സത്യമാണ് ബോധിപ്പിച്ചത് ഗുരു സത്യമാണ് ബോധിപ്പിക്കുന്നത് ശിഷ്യൻ സത്യമാണ് ശ്രവിക്കുന്നത് പക്ഷെ വിപരീത ബോധം പോകുന്നില്ല ദേഹാത്മബുദ്ധിയും മറ്റും പോകുന്നില്ല യസ്മാസ്മാത് എന്തുകൊണ്ട് സുദോഷേണീവ കേനഗി പ്രതിബദ്ധ വിവേക വിജ്ഞാനവും ഇതാണ് എന്തുകൊണ്ട് ഉത്തമനായ ഗുരു സത്യദർശിയായ ഗുരു ഉപദേശിച്ചിട്ടും ശിഷ്യന് ബോധമുണ്ടാകുന്നില്ല ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്ന എന്താണ് ഉത്തമനായ ഗുരു പറഞ്ഞാലേ തനിക്ക് ബോധമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് എനിക്കങ്ങനെ ഉത്തമനായ ഒരു ഗുരു വേണം പക്ഷെ ഇവിടെ ഉത്തമനായ ഗുരു പ്രജാപതിയേക്കാൾ വലിയ ഗുരുവില്ല പക്ഷെ ഉത്തമനായ ഗുരു ഉപദേശിച്ചിട്ടും ഇങ്ങനെ ബോധമൊന്നും ഉണ്ടായിരുന്നു എന്തുകൊണ്ടും കേന്ദ്രം പ്രതിബദ്ധ വിവേകവിജ്ഞാനവും ഈ വിവേകവിജ്ഞാനത്തിന് ഒരു പ്രതിബന്ധമുണ്ട് അമലുണ്ട് എന്തുകൊണ്ടോ അതെന്താണെന്ന് അറിയാൻ വയ്യ കേനാവി ദേവേന ഹൃദയസ്ഥിതേന എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ശിഷ്യ രക്ഷപ്പെടുന്നില്ല മുപ്പത്തിരണ്ട് വർഷമല്ല അതിൻ്റെ ഡബിളായാലും രക്ഷപ്പെടുന്നില്ല അതിനിടെ സമാധാനം ഭാഷ്യകാലം പറയണ് കേനുജി പ്രതിബദ്ധ വിവേകവിജ്ഞ എന്തോ പ്രതിബന്ധം അവന്റെ വിജ്ഞാനത്തിന് വിരോധിയായിട്ട് അവന്റെ ഉള്ളിലിരിപ്പുണ്ട് ഇത് എല്ലാവരുടെ ഉള്ളിലും ഇത് പോകുന്നതിന് വേണ്ടിട്ടാണ് ഈ പ്രതിബന്ധം പോകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ല വിജ്ഞാനത്തിന്റെ കുറവുണ്ടൊന്നുമില്ല ഗുരുവിന്റെ ഉപദേശത്തിന്റെ കുറവുണ്ടല്ലോ ശേഷം ധരിക്കും എന്നെനിക്ക് ഇനിയും ചില വിദ്യകൾ ഗുരു പറഞ്ഞു തരാൻ കാണും രഹസ്യമായി കൈ കാണും അത് ഗുരുവിന് പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കത്തുള്ളുപദേശിക്കുന്നത് അതിന്റെ യോഗ്യതക്കനുസരിച്ചാണ് പരമാവധി ഉപദേശിക്കുന്നു പക്ഷെ അവന്റെ ഉള്ളിൽ പ്രതിബന്ധം ഇരുന്നു കഴിഞ്ഞാൽ കുടം കമിഴ്ത്തി വെച്ച് വണ്ണം ഒഴിക്കുന്ന ഇവിടെ പ്രതിബന്ധം ഉണ്ടായിരുന്ന രണ്ടുപേർ കുന്ദ്രനും വിരോചനും അതുകൊണ്ട് പ്രജാപതി പറഞ്ഞവർക്ക് മനസ്സിലായില്ല സർവസാധകന്മാർക്കും അതുതന്നെയാണ് തത്വത്തിന്റെ കുറവുണ്ടല്ലോ ഉപദേശത്തിന്റെ കുറവുണ്ടല്ല ജ്ഞാനത്തിന്റെ കുറവുണ്ടല്ല അതെല്ലാം എല്ലാവർക്കും ലഭ്യമാണ് പ്രാപ്തമാണ് പക്ഷെ ഗുരുതനം രക്ഷപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ഉള്ളിൽ ഈ പ്രതിബന്ധം ഇരിക്കുന്നതുകൊണ്ട് ദൈവ ദൃഢനിശ്ചയവും പപ്രച്ഛം പശ്യതീതി അവർ വീണ്ടും പഴയതുപോലെ തന്നെ ആയിരുന്നു ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും ജ്ഞാനിയെ പോലെ ഇരുന്നു ഗുരുവിൻ്റെ സന്നിധിയിൽ ശിഷ്യൻ ജ്ഞാനിയെപ്പോലെ ഇരിക്കും പറ്റുമോ പക്ഷെ അങ്ങനെ ഇരിക്കുന്നു ഗുരു സമാധിയിലിരിക്കുന്നു അത് കാണുമ്പോൾ ശിഷ്യനും തോന്നും സമാധിയിരിക്കുവാണ് പക്ഷെ കണ്ടച്ഛു വടി പോലെ ഇരുന്നു കഴിഞ്ഞാൽ സമാധിയാവും ആകത്തില്ല എന്നാലും ശിഷ്യ ആഗ്രഹിച്ചു അതുപോലെ ഇരിക്കാം സമാധി ഉണ്ടായിട്ടല്ല സമാധി എന്തെന്ന് അറിയത്തുമോ എന്നാലും ഗുരുവിനെ അനുകരിച്ചിരിക്കും അതുപോലെ ഇവിടെയും ശിഷ്യന്മാരെ അനുകരിച്ചിരുന്നു എന്താ അനുകരിച്ചത് ഗുരുവിന് ദൃഢനിശ്ചയമുണ്ട് എന്താണ് സത്യമൊന്നുമില്ല എന്താണ് ദൃഷ്ടാവ് ശിഷ്യനകൊന്നും ഇല്ലെങ്കിലും തൽക്കാലത്തേക്ക് ദശ്ചയം അങ്ങനെ അങ്ങനെ എങ്ങനെ ഇരുന്നു പിന്നെ ഒന്നും ഉണ്ടിയില്ല മനസ്സിലായതുപോലെ ഇരുന്നു അറിവുള്ളതുപോലെ ഇരുന്നു വീണ്ടും കുരു ചോദിച്ചു കപ്പരസഖി പശീത എന്താ ഇപ്പൊ എന്താ നീ കാണുന്നത് ഇപ്പൊ ഏതുവരെയായിരുന്നു വീണ്ടും ചോദിക്കുന്നു തൗഹ പൂച്ചതുഹു യഥം ആവാം ത്മേരിഭയമേതീ തൗഹ് ശാന്തൃതൗവ്രജതു പ്രതിപന്നു എവ ഇതമിതി അവരെങ്ങനെയാണോ മനസ്സിലാക്കിയത് അതിലവർ ഉറച്ചു പൂർവ്വ പഴയതുപോലെ യഥാസാദ്ലങ്കരാം ഏവാഛായാത്മാനോ വിധിസ്വദ വിപരീത അവർ ധരിച്ചു എന്താണോ നേരത്തെ ആ ജഡ എല്ലാം ഉള്ള ആ രൂപത്തെ ആത്മാവെന്ന് ധരിച്ചു ഇപ്പോൾ പരിഷ്കരിച്ച ഈ രൂപത്തെ ആത്മാവെന്ന് ധരിച്ചു മാറ്റമൊന്നും വന്നില്ല യത്മനോ ലക്ഷണം യത്മുക്തേ അന്വേഷ്യമാണോയോ അക്ഷിന് പുരുഷോ ദൃശ്യത്തിന ഉദശരാസാധാരീ അപ്പം ആത്മസ്വരുവോധാ വിപരീതഗൃഹോ നഗ യെ ആത്മനോ ലക്ഷണം ഈ ആത്മാ ബഹത പാത്മാ ഇവിടെ ആത്മാവിന്റെ എന്താണ് ഈ ആത്മാ ബഹദാത്മാ എന്നെല്ലാം പറഞ്ഞു പിന്നെ അതെന്താണത് പുനഃസ്ഥത് വിശേഷ അന്വേഷ്യമാണ് യുഹു എന്താണെന്ന് അത് അന്വേഷിക്കാൻ രണ്ട് ശിഷ്യന്മാരും ആദ്യം പ്രജാപതിയുടെ പ്രസ്താവനയാണ് ആത്മാ ബഹദാത്മാ വിചരോ വിമൃത്തുർ ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ പ്രജാപതി പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ട് ശിഷ്യന്മാർ വിശേഷിച്ചറിയാൻ വേണ്ടി അവരോട് പറഞ്ഞു യേശു അക്ഷണി പുരുഷോദിച്ചി അവിടെ നേരിട്ട് ആത്മാവിനെ ബോധിച്ചപ്പോ അതിന് വിപരീത ഗൃഹമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധശരാപ സദ്വലങ്കാര ദൃഷ്ടാന്തം അത് പറഞ്ഞത് ഇവർക്ക് വിപരീത ഗൃഹം ഉണ്ടാകാതിരിക്കും എന്നിട്ടും ആത്മസ്വരൂപ ബോധ വിപരീത ഗൃഹവും അപകട വിപരീതം ഞാൻ അവരിൽ പോയില്ല അതസ്വദോഷീണത് പ്രതിബന്ധ വിവേക വിജ്ഞാന സാമർഥ്യം വിധി മത്വ അതുകൊണ്ട് സാധാരണ സംഭവിക്കുന്നത് അങ്ങനെയാണ് ഒരുവന് വിവേക വിജ്ഞാനങ്ങളെ വിവേകവിജ്ഞാനമെല്ലാം ഒരുവിനെ പ്രാപിക്കേണ്ടതാണെങ്കിലും എന്തെങ്കിലും ഒരു ദോഷം വരുന്ന അത് പ്രാപിക്കത്തില്ല പ്രതിബന്ധം വരുന്ന കഴിഞ്ഞാൽ അത് പ്രകാശിക്കത്തില്ല അതിന് പറയും അഗ്നി ദഹിപ്പിക്കും ഒരു കഥയാണ് ചന്ദ്രകാന്ത മണി എന്ന് പറയുന്ന ഒരു മണിയുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഗ്നി ദഹിപ്പിക്കത്തില്ല എന്ന് പറയും അതുപോലെ ജ്ഞാനം ഇവർക്കുണ്ടാകേണ്ടതാണ് പക്ഷെ ദോഷ ഉള്ളിലിരുന്ന് എങ്ങനെ ഉണ്ടാകും അതസ്വദോഷന് പ്രതിബദ്ധവേക വിജ്ഞാന സാമൃഥ്യോ ഇതിമത്തോ യഥാഭിപ്രേതമേ വാഗ്മാനം മനസ്സിന് നിധായ യേശാത്മേ ഹോവാജയഭയം അമൃതം പ്രജാപതി പൂർവം പ്രജാപതിക്ക് മനസ്സിലായി ഇവരിപ്പോ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ശരി എവന്റെ ഉള്ളിലിരിക്കുന്ന ഈ പ്രതിബന്ധം മാറാതെ ശരിയാകത്തില്ല അത് അഭിപ്രേതമാത്മാണാണ് അന്ന് മുമ്പ് പറഞ്ഞതേ വീണ്ടും പ്രജാപതിക്ക് പറയാനുള്ളൂ യേശാത്മാ അപഗതാത്മാ അതിന് എന്തോ മനസ്സിലാക്കിയത് അതേ അവരെ സംബന്ധിച്ചോളൂ യാത്മീത്യാദി ആത്മലക്ഷണ ശ്രവണേന അക്ഷിപുരുഷ ശ്രുത്യാജ ബുദ്ധശ്ശരാവാദ്യ അനുപത്യാജ സംസ്കൃതോ താവം അപ്പോ എന്താണോ യാത്മീത്യാദി ആത്മലക്ഷണ ശ്രവണേന ആത്മാത്മാ എന്ന് പറഞ്ഞത് ആത്മാവിന്റെ ലക്ഷണമാണ് ഇതിന്റെ ശ്രവണം കൊണ്ട് അക്ഷപുരുഷ ശ്രുത്യേഷ അക്ഷനി പുരുഷോ ദശി അതിൻ്റെ ശ്രവണം കൊണ്ട് ഉദശരാവാദി ഉപയോഗ ഉദശരാവാദി ദൃഷ്ടാന്തങ്ങളിലൂടെയല്ല സംസ്കൃതവും താപ പ്രജാപതിന്റെ താല്പര്യം ഇതാണ് ഇവരിതുകൊണ്ട് എവരെ ശുദ്ധീകരിക്കട്ടെ എന്നാ പറയുന്നത് ഉപദേശിച്ചിട്ടും സത്യം വെളിപ്പെടുന്നില്ല പ്രതിബന്ധമുള്ളതുകൊണ്ട് അതിനെന്താണ് ശ്രവണം മനനം തുടങ്ങിയയിലൂടെ ആ പ്രതിബന്ധത്തിൽ നീക്കണം അശുദ്ധിയെ പരിഹരിക്കാൻ ശ്രവണത്തിൽ നിന്നും ആത്മബോധമുണ്ടാകുന്നതിന് തടസ്സമായിരിക്കുന്നു ശ്രവണം സംഭവിച്ചതിന് ശേഷം അവശേഷിക്കുന്ന ആ ദോഷത്തെ പരിഹരിക്കുന്നതിനും ഉപായ ശ്രവണാദികൾ തന്നെ എന്നാണ് ഇവിടെ പറയുന്നത് സാറിന് പറയും കർമ്മയോഗം ചെയ്യണം ചിത്തശുദ്ധിയെ നേടണം കർമ്മയോഗം ചെയ്ത് ചിത്തശുദ്ധിയൊക്കെ നേടിയതിനു ശേഷമാണ് ഒരുവൻ ആത്മതത്വത്തെ ശ്രവിക്കുന്നത് ഉണ്ട് പക്ഷെ ശ്രവിച്ചിട്ടും വീണ്ടും അവിടെ തടസ്സം ഇത് പിടികിട്ടും പിന്നെന്താ ഉപായം വീണ്ടും പോയി ചിത്തശുദ്ധിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം വേണ്ട കാരണം ശ്രവണമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണോ ഗുരുവിൻ്റെ വിവക്ഷ അത് ഗ്രഹിക്കണം പദാർത്ഥാനം വാക്യാർത്ഥാനം അത് ഉണ്ടാവണം അത്രയൊക്കെ ഉണ്ടാകുന്നുള്ളൂ എന്താണ് പറയുന്നതെന്ന് ഗ്രഹിക്കുന്നുണ്ട് എന്നിട്ടും വിവരീത ബുദ്ധി മാറുന്നില്ല ആ ഒരവസ്ഥയിൽ പിന്നെ അതിൻ്റെ കാരണത്തെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണ് എന്തോ തടസ്സം അന്ധക്കനത്തിലുള്ള കന്മഷങ്ങൾ അതില്ലാതാക്കാൻ തുടരുക എന്നാണ് ശ്രവണാദികൾ അതുകൊണ്ട് സംസ്കൃതവും നിങ്ങൾ രണ്ടുപേരും സംസ്കരിക്കപ്പെടേണ്ടവരാണോ എന്നാണ് പ്രജാപതിയുടെ താല്പര്യം ശ്രവണത്തിൽ നിന്ന് നിങ്ങൾക്ക് തത്വബോധം ഉണ്ടായില്ലെങ്കിൽ ശ്രവണം കൊണ്ട് സ്വയം നിങ്ങളെ സംസ്കരിക്കുക എന്തിന് അവിടെയുള്ള ആ തടസ്സങ്ങൾ മാറുന്നതിന് മദ്വചന ശ്രമം പുനഃപ്പുനസ്മരുതു പറയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെപ്പോഴും ഓർക്കണം പുനഃപ്പുനസ്മരുതു അങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന പ്രതിബന്ധക്ഷയാർമ്മ ഈ ജ്ഞാനത്തിൻ്റെ പൂർണ്ണ പ്രകാശത്തിന് ആദ്യ ശ്രവണം നടക്കുന്നു അവിടെ ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെങ്കിൽ ശ്രമിച്ചേനെ മനനം ചെയ്യുക അങ്ങനെ മനനം ചെയ്ത് ക്രമേണ അവിടെയുള്ള പ്രതിബന്ധം മാറി വിവേകമുണ്ടാകും ഇത് നമ്മൾ മുമ്പും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇരുമണ്ഹാ പുനർ ബ്രഹ്മചര്യ ദേശം അതുകൊണ്ട് എന്തെങ്കിലും വീണ്ടും ബ്രഹ്മചര്യത്തെ ഉപദേശിക്കണം വീണ്ടും പറയണം ഗുരുസേവ ഇനിയും ചെയ്യുക ബ്രഹ്മചര്യ ആദേശം എന്തിനാണ് ഇനിയും ഗുരുസേവ ചെയ്യുന്ന ശ്രവണത്തിനു വേണ്ടി ഗുരുവിന്റെ സമീപത്തിൽ വർദ്ധിക്കുകയാണ് ഗുരുസേവ അതെന്തിനു വേണ്ടി ശ്രവണാദികൾക്ക് വേണ്ടി പുനർ ബ്രഹ്മചര്യ ആദേശി പക്ഷേ ഗുരു ഉപദേശിക്കുന്നു ശിഷ്യൻ കേൾക്കുന്നു ഒരു അവസ്ഥയെക്കുറിച്ചുകൂടെ പറയുകയാണ് ശിഷ്യനൊന്നും മനസ്സിലാകുന്നില്ല ഗുരു പറയുന്നു നീ ഒരു കാര്യം ചെയ്യും കുറച്ചു കാലം കൊണ്ട് ഇവിടെ നിന്ന് സേവ ചെയ്യും കുറച്ച് കാലം കൂടെ ചെയ്തു വീണ്ടും പിടിയിട്ടുന്നില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ ശിഷ്യൻ നിരാശപ്പെട്ടു അതുകൊണ്ടും കാര്യമില്ലല്ലോ കുറച്ചൊക്കെ ഉപദേശിച്ചു രക്ഷപ്പെടുന്നില്ല അല്ലെങ്കിൽ ശിഷ്യൻ സ്വയം ബ്രഹ്മത്തിലാണ് പിന്നെന്താണ് നമ്മുടെ വാശി ഗുരു വാശിപിടിച്ചിട്ട് കാര്യമൊന്നും പുനർബ്രഹ്മചര്യാശോ സിത്ത ദുഃഖോത്പത്തി പരിചീർഷൻ കൃതാർത്ഥബുദ്ധിതയാ ഗച്ഛന്തവും ഉപേക്ഷിതവാൻ പ്രജാപതി ആദ്യമൊന്നുപദേശിച്ചു അവരൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു മനസ്സിലായല്ല തെറ്റായി ധരിച്ചു ശരി വീണ്ടും പറഞ്ഞു ഉപദേശിച്ചു വീണ്ടും അങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കഴിഞ്ഞു വീണ്ടും ശരിയാകുന്നില്ല അതുമാത്രമല്ല ശശിമാർക്ക് എന്തൊക്കെ ആയെന്നൊരു തോന്നൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവരെ കൊണ്ട് സേവ ചെയ്യിക്കാതെ അയ്യോ ചിത്ത ദുഃഖോത്പത്തി പരിചരിച്ചു വീണ്ടും ഞാൻ ഇനി എത്ര കാലം സേവ ചെയ്യുന്നു എത്ര കാലം ചെയ്തു കഴിഞ്ഞാലാണോ എന്നിങ്ങനെയുള്ളൊരു ദുഃഖം ആ ദുഃഖത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃതാർത്ഥ ബുദ്ധിദയാക്ക അതുമാത്രമല്ല ശിഷ്യനൊക്കെ സ്വയം ധരിച്ചിരിക്കുന്നു ആ ഞാൻ അറിയേണ്ടതെന്ന അറിഞ്ഞെന്ന് ധരിച്ചിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടെന്തെയ്തു തൽക്കാലത്തേക്ക് എന്നാലും അവൻ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരട്ടെ ഹിമാലയത്തിനൊക്കെ പോയിട്ട് വരട്ടെ ഉപേക്ഷിതവാൻ ശരിക്കുള്ള ഉപേക്ഷയല്ല തൽക്കാലം ഇവനോട് ഇനി ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രജാപതിയും അത് എന്നെ വിചാരിച്ചു കാരണം പ്രതിബന്ധം ഇരിക്കുന്നത് നശിക്കാതെ എങ്ങനെ ശരിയാവും ഇതിരിക്കെ ഉപദേശിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ ശിഷ്യന്മാരും പതുക്കെ ഗുരുകുലത്തിൽ നിന്ന് രാഖി രാമാനു സ്ഥലം വിട്ടു ഗുരു അറിഞ്ഞ ഭാവം കാണിച്ചത് എന്നാ പോയിട്ട് വരട്ടെ വരുമ്പോൾ നോക്കാം ുന്നു ദൗഹ ഇന്ദ്രേചനവും ശാന്തഹൃതിയുഷ്ടഹൃതിയോ കൃതാർത്ഥബുദ്ധി രണ്ടുപേരും എന്തായി കൃതാർത്ഥബുദ്ധികളായി ഗുരുതലത്തിൽ നേടേണ്ടതൊക്കെ നേടി എന്ന് പറഞ്ഞവര് യാത്രയായി ഒരു തരത്തിലിത് അപകടം കുറഞ്ഞ രീതിയാണ് ഇവിടെ ഗുരു സ്വീകരിച്ചിരിക്കുന്നത് അല്ലാതെ ശിഷ്യനോട് പറയണ ആ ശരിക്കുന്നതിനൊക്കെ ബോധം ഉണ്ടാവും കൊണ്ടൊരു ഗുരു എന്നിട്ടുണ്ട് ശിഷ്യനോട് പറഞ്ഞു ശിഷ്യൻ ഗുരുവിനെ കാണാൻ ചെന്നു ആത്മബോധം വേണം ശരി ശ്രമിക്കാമെന്ന് ഗുരു പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് സേവയൊക്കെ ചെയ്യണം പശുവിനെ നോക്കണം അടുക്കളയിൽ പാചകം ചെയ്യണം ശരി സമ്മതിച്ചു എത്ര കാലത്തേക്ക് സാധാരണ പഴയ കാലം പറഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് വർഷമാണ് പന്ത്രണ്ട് വർഷം നിന്നു ഇതിനിടയ്ക്ക് ഗുരു ഉപദേശിച്ചുകൊണ്ടിരുന്നു ശിഷ്യൻ പണിയെടുത്തോണ്ടരുന്നു ഒരു ദിവസം രാവിലെ ഗുരു അടുക്കളയിൽ ശിഷ്യൻ പാചകം ചെയ്യുന്നിടത്ത് കയറി ചെന്നു അപ്രതീക്ഷിതമായി ശിഷ്യൻ വിറവ് കൂടിയെടുത്ത് ശിഷ്യന്റെ തലയ്ക്ക് ഒരു അടിയും കൊടുത്തു ഇത് കഥയെല്ലാം നടന്ന സംഭവമാണ് ഇവിടെ അധികം ദൂരത്തിലൊന്നും ശിഷ്യൻ പറഞ്ഞു വീണ് ബാക്കി ശിഷ്യന്മാരെല്ലാം ഓടിക്കൂടി എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ശിഷ്യൻ പറഞ്ഞ് ഇന്നാണ് പന്ത്രണ്ട് വർഷം തികയുന്ന ദിവസം അനന്ദനായി വിറവ് കൂടിയെടുത്ത് തലക്കടിച്ചു ഇതുവരെ എനിക്ക് ആത്മബോധം ഉണ്ടായില്ല എൻ്റെ ജീവിതം പന്ത്രണ്ട് വർഷം പെരുടെയായി എൻ്റെ ആയുസ്സും യുവത്വെല്ലാം നഷ്ടപ്പെടുത്തിയ ഈ മഹാദ്രോഹിയാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ പോകുന്ന ഒന്ന് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് നടന്ന സംഭവമാണ് അപ്പതിനും തന്നെ എന്താണ് പോകുന്നെന്ന് പറയുമ്പോൾ ശരി ഇപ്പോൾ കോട്ടെ അതാണ് പ്രജാപതി വിചാരിച്ചത് ഉപേക്ഷിതവാൻ തൽക്കാലത്തേക്ക് പ്രജാപതി ഉപേക്ഷ വിചാരിച്ചു അവർക്ക് സന്തോഷമായി എന്തായാലും ഗുരു പറഞ്ഞില്ലല്ലോ നീ വിവരം ഇല്ലാത്തവരാണ് നിനക്ക് ബോധമില്ല എന്നൊന്നും അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്നു അവരെത്തിയില്ല സമം അവിടെ ഉണ്ടായില്ല സമസ്യ തയോർ ജാതു വിരീതഗ്രഹോ വിഗതു അഭവിഷ്യത് പ്രവതുർ ഗതും ഇനി സമം ശരിക്കുള്ള ശ്രമത്തിലാണ് അവരെത്തിയിരുന്നെങ്കിൽ അതിന്റെ ശരിയായ പ്രതിബന്ധങ്ങളെല്ലാം നിവർത്തിച്ചു ആത്മബോധത്തോടു കൂടിയായിരുന്നെങ്കിലും വിപരീത ബോധത്തിൽ പോകത്തില്ല ഇടയ്ക്ക് വെച്ച് പോകത്തില്ല എന്നുള്ളത് അപ്പോൾ പൂർത്തിയാക്കാതെ പോവുകയാണ് ഇടയ്ക്ക് വെച്ച് പോകുമ്പോൾ അത് ശരിയല്ല പ്രതിബന്ധം അവിടെയുണ്ട് ശമം സംഭവിച്ചിട്ടില്ല അല്ല പൂർത്തിയായി പോവുകയാണെങ്കിൽ ഇനി ഗുരുവിനോട് പിന്നൊന്നും ചോദിക്കാനും നന്നല്ല ചോദിച്ചതും കേട്ടതും എല്ലാം മതിയായി എന്ന് പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ അതൊരു ശമമല്ല മനസ്സ് ശ്രമിച്ചിട്ടില്ല അങ്ങനെ ആണ് പോയിരുന്നെങ്കിൽ ഈ വിവരീതിയിലെ ബുദ്ധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഭാഷക്കാരും പറയുക പക്ഷെ അവർ പോയി ഒരു നോക്കി നിന്ന അല്ലാതെ ഒരക്ഷരവും ഉണ്ടല്ല ഒരൂ അറിയാം ഇത് ശരിയാകത്തില്ല പോയിട്ട് നാളെ കറങ്ങി തിരിഞ്ഞ് വരും എന്നറിയാം അത് ശരിയായ ശ്രമമല്ല ശരിയായ ശ്രമത്തിൻ്റെ ലക്ഷണമല്ല എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ ശിഷ്യന്മാരെ പോയിട്ട് ഒരു മടങ്ങി വരും വരുത്തൻ പോയപ്പോ അതന്നു പറയുന്നു ശാന്തി